ഒരു ചതിയോ ഒരു അതിക്രമമോ ഒന്നോർത്തത് പൊരിച്ചറില്ല അതാണ് അങ്ങോട്ട് കൈന അല്ലത് ഞാൻ പോലാ വഴിമുല പോലാന്ന് അപ്പോഴോ അതിനല്ലോ യകുല പോലാന്ന് പറഞ്ഞാൽ പോല ജനങ്ങൾ അവർ കടുപ്പിച്ച് പിന്നെ ജനങ്ങൾ ജനങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് കണ്ടു ുംകരൂപ്പല്ലൊണ്ട് അലൂപ്പമായിട്ടില്ല റയലിന്റെ മകരൂപ്പായിട്ടില്ല അയ്യായിരിക്കുന്നു റൈലു വക്കീരി വാത്തിൻ മറ്റൊന്നിനുണ്ട് അനാമിയില്ല നിങ്ങളിൽ നിന്ന് എന്നെ കൊള്ളേറ്റവും പ്രിയപ്പെട്ടവർ ആരാണെന്ന് നദീ കിട്ടയോക്കും നാളിൽ നിങ്ങളിൽ നിന്ന് മഴ ഞാനുമായി ചടുത്തവരാരാണെന്നും തങ്ങൾ പറയുന്നു അഹാസനത്തും നസലാസാ കൊലുക്കാൻ ഏറ്റവും മെച്ചപ്പെട്ടവരാരുന്നു ഒന്ന് അത് മുഖത്ത ഊന അച്ഛനേറപ്പൻസിന്റെ അഭിപ്രായം പറഞ്ഞു ഒരാളത്തെ കൂടിയാൽ അവന്റെ ജിനായത്തോ എന്റെ നിർഭയ മജോന വിശ്വസിച്ചു കൊണ്ടുപോകാം അതാ അല്ല നീനെ അല്ലെ പോനെ പോരാ അത് പറഞ്ഞല്ലോ ഇവൻ തനുപ്പ് ജാതി ഇനി പറയുന്ന ഇനിയിപ്പം മൊത്തത്തിന് ആ രീതിയിൽ ഇപ്പം കേട്ടാ എന്താ തോന്നുക എല്ലാവർക്കും എല്ലാവർക്കും നല്ലതായിരിക്കും കൂടിക്കൊണ്ടെന്ന് പറയും ആ ഈ അകറ്റാൻ പറ്റില്ല അത് പറഞ്ഞോ വളരെ ശ്രദ്ധിക്കാനുണ്ട് വിനായകത്തിന്റെ അലികാറ് കരിമ്പ് തർക്കാനൊക്കെ കൂടിയാൽ ഇവൻ കമ്പ് തർക്കലാന്ന് മറ്റൊന്നും അതേ അവസരത്തിൽ ബരിയാണുണ്ടാക്കണം താഥ കുടുംബം ഓന്റെ തടത്ത് വിളിപ്പാകില്ല അത് തിരിച്ചുകൊണ്ടും ഈ നായു കണ്ടിട്ട് വഞ്ചിക്കപ്പെടേണ്ടത് എപ്പോഴത്തു അല്ല ഇതെല്ലാം കേട്ടപ്പോൾ കൊൽത്തോട്ട് പറയുന്നത് കോയമ്പറി തസ്സീലൊക്കെയാ ജനങ്ങളെ അരവാറിനെ കുറിച്ച് വിശദീകരിച്ച് പറയാനുണ്ട് അമ്മൽ ആരിപോന വാസി പോന വാസീകളായ ആര് സ്വീകളുണ്ടോ ഓരോ ഉറച്ചിരിക്കും കത്തിയന്തിപ്പോ കത്തിക്ക് മൂർച്ഛക്കുറവും മുറിക്കപ്പെടുന്ന സാധനം ആർബായി പോയാൽ സാധന മുറിഞ്ഞിന് പല കത്തിനെ മൂർച്ഛ കത്തി ഹാർഡാകണം മുറിക്കപ്പെടുന്ന സാധനം പഴം ഉണ്ടെങ്കിലോ വേറെ മുറിയത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാതിരി ഇവനായ നല്ല മൂർച്ചയുള്ള സാധനമായ പല എടിയും കുട്ടിയും അവർക്ക് ഇല്ല കുനങ്ങൾക്കണങ്ങി ചേരല്ലേ ഒരു സ്കൂൾ ഉറപ്പിച്ചിരിക്കാൻ കൊണ്ടാണ് എന്നിട്ട് എന്താണ് മറ്റുള്ള ആളിയോസ് ഇയാളെ കാരണത്തെ മറ്റുള്ളത് ശരിയായി ചെയ്യും അപ്പൊ ഭക്തസപ്രവ നല്ല ക്ഷമകളും അസപ്രവണം നമ്മള് ഒത്തു പോകണമെങ്കിൽ നല്ല ക്ഷമ ഉണ്ടാക്കി തരും എന്തുകൊണ്ടെന്നറിയോ വലിയ ആളുകളും വ്യവസ്ഥോരസീതവും മീൻകൊള്ളി ഈ ഹാസ നിങ്ങൾ എന്താക്കുന്നറിയോ ഓർക്കെടുക്കാനുള്ള കാര്യം എല്ലാത്തിനും പിടിച്ചെടുക്കാമെന്നല്ലാണ്ട് ഇവരാ ചൂഷണം ചെയ്യേണ്ട യൂരാതാണ് മാത്രമല്ലാത്തതാണ് അവന്റെ അവിധികൾക്ക് ഉപകാരം ചെയ്യാൻ അവശ്ചയിച്ചതാണ് അതുകൊണ്ടപ്പോൾക്ക് ആവശ്യമാണ് ആവശ്യമാണ് നദികടുത്തേക്ക് റാസി പൂനല്ലാതിന്റെ അഞ്ഞകിലെ പുന്നാസ ജനങ്ങളോട് വളർന്നാക്കണം തുടങ്ങണം ജനങ്ങൾ ഇങ്ങോട്ട് തുടങ്ങി ചേരണം അതിനാണ് വാഴമോ എന്ന് പറയുമ്പോൾ എല്ലാ ഗീജു പറയുന്നു എന്നാ പറഞ്ഞു വാതവരാട്ടിലാവും നോക്കിപ്പിലാവണം നല്ല പരിപാടിയിരുന്നു എത്ര ഗീജിക്ക് അതുപോലെ തന്നെ ആ സാധ്യത ചെയ്യാൻ തതിർമാൻ മുത്തബി ജനങ്ങളെ നേടിയാക്കാൻ വേണ്ടി തവളണ്ട് ുക്കും ഇസ്ലാഹം ദുഹാ നടത്തിയിട്ടുണ്ടാക്കുന്നവർക്ക് കൊടുക്കും പോണം അവർക്കൊരു കാര്യം കിട്ടും ഇവർ ദൂരം പാടില്ല അതുപോലെ തവർ എത്തുന്ന വലമാക്കം അലീബാദ് അടിമകൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി യോജിക്കാൻ പാടില്ല അപ്പൊ എന്താണോ മലാബുദ്ധമീ സബിനിഹിൻ മുതാലിൻ മുതാലിമീകൾക്കുണ്ടാകുന്നവർ ജസുമ്പോ സത്യക്കോടുകളും സാഹിത്യങ്ങള് ചോദിക്കുന്നവരുണ്ടാവും ചോദ്യം കൊണ്ടല്ലേ ബോധ്യമുട്ടി ജേശ്ശിലെ ജേശങ്കിലെ ചോദിച്ചിട്ടു അലോ സന്തോഷം ചെയ്തിട്ടുണ്ടാകണം അവിടെ അരങ്ങി ഒഴിയുന്നുണ്ടോ പാടുവലോ നമുക്ക് അല്ല തീരൽ മുസ്ലിമീൻ മുസ്ലിം മീനുകളിൽ നിന്ന് അവരുമായി ബന്ധപ്പെടുന്നവരുണ്ടോ അവരെ മേലിൽ സന്തോഷം ചെയ്തു കൊള്ളണം ഇത് ഒഴിഞ്ഞുണ്ടായ ഒരേ ദൂര വിവാഹം പ്രാരംഭത്താ ഓർക്കരമാക്കിയാൽ അപ്പുറത്തും പല കലക്കിക്കളി അതോ വല ആയവും പാടില്ല അയ്യലുലോം എല്ലാ ടെരുമ്പലോടും വിൽപ്പത്ത് പറ്റൂല ആരോടും പാടില്ലെന്നല്ലവർ ആരോടും പാടില്ല അയല വരിക എന്തുകൊണ്ട് ഇത് സാലിഫതുല്യ സാലിഫ് തൂര് വരിക മന്ത്രിക്ക് സംസാരിക്കാം ലായംബുലത്തെ പുല്ലവും നബീന് ശേഷമാ പുല്ലൊടുത്തുന്നു നമുക്ക് കൊടുക്കുമ്പോ സാദീപ് ചോദ്യിയാ വരിക എല്ലാരോടും കൂടി കൂടാൻ പാടില്ലെന്നു വെച്ചാൽ കൊറച്ചാടത്തെ കൂടാ കൊറച്ചടത്തും കൂടാൻ പറ്റും പറ്റുന്നു ഒരാളത്തേക്കും കൂടാൻ പാടില്ലാന്ന് തന്നെ സാധ്യമ പുല്ല്യാക്കിയാ വരിക അങ്ങനെയല്ല എന്റെ എന്റെ ശൈലിയുള്ളത് ഇപ്പാണ് വന്നിരിക്കുന്ന ഒരാളെക്കും കൂടി കൂടാന്നല്ല എല്ലാരക്കും ഒപ്പം കൂടാൻ പറ്റൂല ഒന്ന് വേർതിരിക്കാനുണ്ട് എന്തുകൊണ്ട് അത് എത്തും എത്തും എന്താ കൂടിയാലിച്ച് ഏതൊരു പത്തേത്തിന് ഏതാപാതയിലേക്കും മറ്റൊരു ആളെ പരിക്കലിലേക്കും കയേണ്ടി വന്ന് ഒരു സെക്രട്ടറിയായി പോഷൻ ആളായി മാറിയപ്പോ കവചല്ലാതീ ജനങ്ങൾക്കുള്ള രംഗത്ത് വന്നാൽ അവരെ കമാല പൂർത്തിയാകത്തിന്റെ മുമ്പായിട്ട് വന്നാൽ രീതിയിൽ ശൈലം ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ ബോംബിന്റെ ഏതാവുന്നോ ലോത്തമുണ്ടാവില്ല വൈത്തം ഉണ്ടാവില്ല പഠിക്കലുണ്ടാവില്ല അടുത്ത പഠിക്കുന്ന സെക്രട്ടറി ആക്കല് പ്രസിഡന്റാക്കല് അറ്റാക്കല് തമ്മിലെ ഡിഗ്രികളൊന്നും വേണ്ട ൂടം പാടില്ല എന്നാണ് വൈനമായ എല്ലാം പെട്ടെന്ന് നല്ല സഹേദനം ഇതിന്റെ മൊബാലിന് അതാ തോന്ന യാളെ ഹാല് നിനക്ക് നഗര പ്രതിരോധം നൽകുന്നില്ല അല്ലെങ്കിൽ ഓന്റെ മക്കാലും നിന്നെ അറിയിച്ചിരുന്നില്ല അങ്ങനത്തെ കൂടെ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇക്കാര്യം പോണം ഒന്നിക്കില്ല അയാൾ ഹാലുണ്ടാവും അല്ലെങ്കിൽ മക്കാലുണ്ടാവും ഹാലുണ്ടാകുമ്പോൾ മോനം എന്നാൽ അതിന് പലതും കണ്ടുപിടിക്കണം നോക്കി സംസാരിച്ചാലാന്റെ വീട്ടിലാർത്തിയ അല്ലാതെ പറ്റി അറിയിച്ചേ അങ്ങനല്ലാത്തത് കൂടെ വേണ്ട ഹാലെന്നെ ഒന്ധിച്ചത് മക്കാലിനെ കാണാം അതുകൊണ്ട് ഹാലാണ് കൂടുതൽ തഹ്ത്തീര് മക്കാലിനെ കാണാം പിന്നെ ശെയ്ഫിന് സംസാരം കുറവും ഹാല് രകച്ചിരിക്കണമെന്ന് അറിയിക്കും ഹാല് മുദിച്ചപ്പോൾ മുസ്ലിമിന്റെ തത്തായിക്കുണ്ടാവുമല്ലോ മുരീതി കൂടുതൽ തഹ്ത്തീര് ചെയ്യുന്നത് ഇൻഹാബിനെ ഏതാണ് ഹാലാണ് മുൻതൃപ്പ് നിൽക്കുന്നു എന്നറിയിച്ചു ശെയ്ഫിന്റെ അനുയോജ്യം ഏതാണ് സംസാരത്തിനകാണ് ഹാലാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് എന്നും പിന്നെ അയാളെ മൌനവും അയാളെ ും ഫലവത്താകുന്നുണ്ട് ആരവർ കൂടിയാണ് നമ്മൾ കാല തങ്ങൾ പറഞ്ഞു മന്ദി മുറിയുഹോ ആരെ കണ്ടാലാണോ അല്ലാതെ പറ്റിയ ഓർമ്മ അവർക്ക് കൂടണം കണ്ടാൽ അള്ളാൻ വന്നു ആ അവർ അല്ല ണ്ടാ നോർമൽ എൽമിക്കും നന്ദിത്തുഹു അയാൾ വല്ലതും സംസാരിച്ച ആ നിങ്ങളെ ഇൽമിൽ അതയാൾക്ക് വർധനമുണ്ടാക്കിത്തരണം സംസാരം അയാൾ നിങ്ങളോട് സംസാരിച്ചേ കണ്ടമാണെന്ന് എന്താ അതിനെപ്പറ്റി ഓർമ്മ വന്ന് സംസാരം തുടങ്ങിയാൽ ഇൽമ വർദ്ധിപ്പിച്ചു തരണം ആകൃതത്തിൽ അമലു അദ്ദേഹത്തിന്റെ അമലി കണ്ടാൽ ആ നിങ്ങളെ പ്രേരണ നൽകുകയും വേണം അങ്ങനത്തെ ആർക്കാണ് കൂടേണ്ടത് എന്നാ എന്റെ അബീബന്നോട് എന്റെ പറഞ്ഞെന്താണെന്നറിയോ ഇല്ല തങ്കുൽ തമറീൻ അന്നാണ് നിന്റെ നവാബ് ആഗ്രഹിക്കപ്പെടാവുന്ന രംഗത്തേക്കല്ല നിന്റെ കാല് നീക്കി വെക്കണ്ടവണേൻ ലസീതല്ലേ ഏറെ കാല് നീക്കാൻ അള്ളാന്റെ നവാബ് കിട്ടുക അതിനേക്കല്ല നീക്കേണ്ട ഞാൻ അറിയുന്നു ായി മാസീയത്തിനായി അല്ലാഹുവിന്റെ മാസ്യത്തിന തൊട്ട് വാല്പര് നീ രക്ഷ പ്രാപിക്കും എന്റെ സ്ഥലത്തല്ലാതെ നീക്കാൻ പാടില്ല കണ്ണുകൊണ്ടോ വായ കൊണ്ടോ കേൾക്കൊണ്ടോ എന്തെങ്കിലും മാസ്യത്ത് വന്നുപോകുമെന്ന വാലിപിരും എന്തുവേണം എല്ലാ ദൂർ ശതമാനം പറയാൻ കഴിയുക എന്നാലും വാല്പര് ഉം അപ്പൊ തുടങ്ങിപ്പോയി ഇങ്ങനെ നിക്കാലങ്ങളെ എഴുതത്തോടെ അങ്ങനത്തെ ലോകത്തിൽ നിന്നും കൊണ്ടാകും വന തസ്കാറ്റില്ലാറ്റിന്റെ മേലില് നിന്റെ ക്രിസ്ത്യാനത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളോടല്ലാതെ കൂട്ടുകൂടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് വന തസ്തത്തി നിനസ്റ്റിക്കാ നിന്റെ അസ്തിന് വേണ്ടി ഉറ്റ തെങ്ങാതിന്റെ ഉറ്റ സുഹൃത്താക്കി അതിന്റെ വനത്തി അപ്പ നെഹ് വന്നാൽ എന്താ ഞാൻ പറഞ്ഞില്ലേ ഇല്ലാ ആരൊക്കെ കോണിയാലാണ് യക്കീം പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരാളെന്താക്കാൻ പാടില്ല ഒറ്റ സുഹൃത്താക്കാൻ പാടും പക്ഷെ കലീരും മഹ അങ്ങത്താണ് വളരെ കുറച്ചാണല്ലോ അലീരും വളരെ കുറച്ചാണ് അങ്ങനത്തെ ആളുകള് വൈരാശി ജിൻസല്ല താളത്തെ കൂടി എന്നാ അല്പീര ജാഹിരാണ് അന്നാലെ തന്നെ ഞാൻ പറഞ്ഞു ജാഹിരാണ് എന്തിനു പെട്ട് ജാഹിരാണക്കാണല്ലോ ഓൻ ലഫ്സിന്റെ കഥ ഓൾക്ക് അറിയാണ്ടായി പോയി ഓൺക്ക് ഒക്കാത്ത കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാല് ഓന്റെ നഫ്സിന്റെ കഥ കോഴിക്കറിയാണ്ടായി പോന്നാ അവനവന്റെ ജിൽസല്ലാത്തവരോട് സ്വർബത്ത് കെട്ടുന്നവൻ ആകുതലി പറഞ്ഞിരാകൂന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് ജാഹിരാകും അതുകൊണ്ട് അതിന്റെ കാരണം ഊഹ തന്നെ ഏത് നഫ്സല്ല ഉദ്ദേശിക്കുന്നത് വളരെ നെഫ്സിന്റെ കൊറേ പ്രയോഗമുണ്ട് മുന്നൂറോളം പ്രയോഗം ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ നെസു നെസ്സുന്റെ അമ്മാറത്തല്ലേ ഉദ്ദേശിച്ചു നെസ്സുൻ ഞാത്ത പറഞ്ഞ അള്ളാഹുത്താല പഠിച്ച ആ യാക്കൂത്തുണ്ടല്ലോ മുത്തു അത് അതാണ് ഉദ്ദേശം അതാ പോയിക്ഷേപിച്ചത് ബഷരീ എത്തിക്കനുഷ്യത്വമാകുന്ന ഈ ചിപ്പിന്റെ ഉള്ളിലാണ് ബഷരീയത്തിൻ്റെ ഈ മണ്ണോണ്ണം വിടെ കൂട്ടി എന്താ ശരീരാകുന്നു പശ്യത്തില്ലേ അപ്പൊ ഈന്റെ ഉള്ളിലമ്മ നിക്ഷേപിച്ച ഒരു മുത്താ സാധനം ഇത് വാറാണത്തെ കൂറുകൂടിയാൽ ഈ മുത്തിന് കേടുത്തു ശയ്സാറാത്ത കൂടി കഴിഞ്ഞാൽ പിന്നെ ജാഹീരല്ലേ ഇവ ഇവനാരാമെന്ന് വിചാരിയാത്തോട്ടല്ലേ സഹിബത്ത അല്ലെങ്കിൽ സഹിബത്ത് എന്നാക്കാതെ അങ്ങനെ ഹിതാബ് അങ്ങ് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഗുളിയാ വൈറ്റ് തുടങ്ങിയ മുതലേ ചിതാബ് തുടങ്ങിയിട്ടില്ലല്ല ശേഷം വരുന്നുണ്ട് ഫൈല സാഹിബത്തനായ ഒരാളോടൊപ്പം നിയന്ത്രി ആ നബ്സുമായിട്ട് ഈ ആപ്പത് വഹിച്ചു എന്നാപ്പത് സുത ആ മുത്തന് നിഷാത്തു സൂക്ഷിച്ചാളായി അതിന്റെ സ്ഥാനം ഉയർത്തി വായത്തന ഇതീ അതിന്റെ ശരീരീ ശരിക്ക് പരിഗണന ലഭിച്ചു എന്ന് എന്തുകൊണ്ട് അറിയാൻ അവറാദികൾ നല്ലവരോടുള്ള സ്വഹബത്ത് സുസൈറ്റിയൊരു കമ്മിയാർ അഹയാറിലേക്ക് നിന്നെ കൊടുത്തു ഇനി നേരത്തെ നിന്നേക്കാൾ മോശപ്പെട്ട അസ്വഹായവരോട് ഈ സ്വയംബത്ത് കെട്ടിയാൽ നിന്നേക്കാൾ നഷ്ടപ്പെട്ടവരോട് സ്വയംബത്ത് കെട്ടിയാൽ അതാണ് ഈ നഷ്ടത്തിൽ ചെലവാക്കിയേ അപ്പൊ നല്ല മുട്ടിന്റെ മാന കൊണ്ടപ്പോ നായ്ക്കെട്ടിക്കൊടുത്താലും ആ സ്ഥാനം വായിപ്പില്ലേ അതിന്റെ ചവിറ്റോട്ടയിലേക്ക് വിളിച്ചെറിഞ്ഞായി മാറിയില്ലേ കാരണം അന്നത്തി മനുഷ്യന്റെ പ്രകൃതി മറ്റൊന്നിനി കട്ടെടുക്കുന്ന സാധനം അപ്പൊ ചീത്ത ഇനെ കട്ടെടുക്കും നല്ല ചതി കെട്ടെടുക്കും ഒരു മനുഷ്യൻ അവന്റെ ഉറ്റ സുഹൃത്താരാണോ ഓന്റെ തീൻപോലെ ആയിക്കോണ കൂട്ടത്തിൽ കൂടിയേ സാഹിബു മറിഞ്ഞാൻ ഒരു മനുഷ്യന്റെ സാഹിബുണ്ടല്ലോ ഓന്റെ തോബിബിൾ കണ്ണം പോലെയെന്ന പല ആയസിൽ അയ്യക്കോലെ മിന്നു കയ്യിൽ ഈ കണ്ണം വെക്കുന്നത് തോന്നി അതിന്റെ നോയിപ്പെടാത്തയാർത്തന്നാണോ നല്ല പൊളിച്ചൊരു ചാട്ടിന്റെ കൂടെ ചാറ്റ് കണ്ണം പെച്ചവരുത്തേ കാണില്ലേ ആ ജനിച്ചില്ല وَيَرْحَمُ اللَّهُ أُولِي الْقُرَى إِلَى اللَّهِ رَحْمَتِي يَتَأَيَّدُونَ عَلَيْكَ بِأَرْبَابِ الصُّدُورِ فَمَنْ رَضَا مُنَافٍ لِأَرْبَابِ الصُّدُورِ تَسَدَّرَا وَإِيَّاكَ أَنْتَ تَلَابِثُ رُبَاتِ نَاسَاتٍ فَتَنَّتْ قَدْرًا مِنْ مُلَكَاكَ تَحَقَّرَا وَلَعْلَ نَكَنَ ما تحققوا واو ندا لما تقول لنا കാഫനാട്ടം കൊടുത്ത് വായിക്കണം അതിൽ കടിയും അനയ്ക്കാം നീ വാഴര മൃഗം പിടിക്കണം ആരബി അറബാബി കൽബിൻ ആളെ അറബാബ് സുദൂറിന് എന്തുകൊണ്ട് പമൻ മാതാ മുതാ അറബാബി സുദൂർ അംബാബ് സുദൂറിനോടാണ് മുതാഫീൻബുഹും ഇല്ല ഇപ്പൊമാരാണ് അസാബുൽ അതിലേക്കറി കൽബിന് കൽബുനിഥാഫത്തിന്റെ കൽബരായി താമിരുഹും ഒരെ നമ്പർന്നാണ്ഹും കല്യാളാകുന്നു അത്മാപൂർത്തി വയ്യ കാന്താ സ്വയംപത്തിൽ സ്വയംപത്വം നീ പുഷ്ടപ്പറനെ സൂക്ഷിച്ചോ അങ്ങനെ വന്നപ്പോ തൻ്റെ കതുടമിന്നൊരാക്ക നിന്റെ ഉന്നതമായ പദവിയിൽ നിന്ന് കതിരാൾ നീ ഇടിഞ്ഞു وَاَتَحَكَّرَا بَلَغَ مُوشِكًا أَنْ يَئُوبَ نُورُ مَرَأَى قَرْنُو لَأَتَ سُحَابَ لَأَتَ سُحَابَ أَهْلُ جَاهِلِي فَيَاكَ وَيَرُغُ فَكَم مِنْ جَاهِلٍ أَرْضَا حَلِيمًا حِينًا وَقَاوُ يَأْتُنَ عَلِ بِالنَّعِيلِ إِذَا مَا هُوَ عَذَابُ يُقَاسُ الْمَرْءُ بِالْمَرْءِ إِذَا مَا هُوَ مَا شَاءُهُ കൊണ്ടു കൊണ്ട് അസ്തമൻ കൊണ്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നില്ല ആ കൊണ്ടേക്കാൻ പറയാ കൂട്ടം കൊണ്ടേക്കാൻ പറയാൻ ലാ തസ്ഹബ് അഹൽ ജഹലിനോട് നീ കൂട്ടുകൂടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നീ നിന്ന് കാത്തോളുന്നു ഓരോ സൂക്ഷിച്ചോളും അതുകൊണ്ട് എത്ര എത്ര ജാഹിലിന്റെ അർഹ ഹരി ഹരി തകർത്തി കളഞ്ഞ് ബാള സമാഷീരനും തലസ്വഭാവികമായ ആളം താങ്ങി തകർത്തി കളഞ്ഞ് അഹുൽ ജഹലുമായി കൂട്ടുകൂടിയപ്പോ ചെരുപ്പ് ചെരുപ്പിനോട് തിയാസാണ് ചെരുപ്പും ചെരുപ്പും കൂടെ നോക്കിയാൽ ഇതാമാഹു ആദാഹോ ആക്കിയ അപ്പൊ അതുപോലെ യു മിന്മാർ ഈ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള തിയാസാക്കും ഇതാമാഹു മാൾ ഒന്നിച്ചേർക്കുമ്പോ കാരണം വലിശൈ മിനിഷ് ഒരു ഷൈ എന്നിന്റെ മറ്റൊരു ഷൈന്റെ മക്കൾ മക്കളായിരുന്നു തിയാസാക്കലും തുല്യതയും വന്നിൽ ഖൽബി ഖൽബിന്റെ അലൽ ഖൽബി മറ്റേ കൽബിന്റെ മേൽ ദരീരിൻ ജീനയൽ കാണ് മുട്ടുന്ന അവസ്ഥ അതിൽ ഒരു കൽബിന്റെ മറ്റേ കൽബിയിലേക്ക് ചില സാധനം അറിയി കൊടുക്കലും передаക്കല കിടു ആരെ തഹലിബ നബി അല്ലാഹി റളിയല്ലാഹിന്റെ പുറന്നു നഹദർ സ്വഹബത തലാതൻ തിമിൻ അസ്നാബിൻ നാസ് ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് മൂന്ന് കൂട്ടരോട് സ്വഹബത ഏറ്റാൻ പാടില്ല ഒന്ന് അൽ ജബാബത്തുൽ ഹാഫീൻ ഹാഫീരിങ്ങല ജബ്വാദികളും അല്ലാഹു തജറഫതിലാ പോക്കീരിളാണ് കുളമ്പഴില്ല ഇപ്പോൾ കുറവായി പുറം പോസ്കൾ അടിക്കുന്ന കുറവായ്മണ്ടല്ലാം ഉപറവിയുന്നുണ്ട് അതായത് അടിഞ്ഞി രണ്ട് രാജീ പേജ് ഇരുപത്തിരണ്ട് പി ബജാ ഉലായിക്കത്തലാത്ത ആ മൂന്നാളെ വിശദീകരണം കിട്ടണമെങ്കിൽ പേജ് ഇരുപത്തിരണ്ടിൽ വരുന്നുണ്ട് പത്തൊമ്പതേക്കും പിന്നെ മൊത്തസമീപത്തിൽ ജാഹിര്യങ്ങളായിട്ട് സൂപ്പിക്കോലം കിട്ടുന്ന കുറച്ച് കളിക്കെട്ടുകാറില്ല ഓർക്കിംഗ് കൂടാൻ പാടില്ല കീതി എല്ലാം പോയിട്ട് മടിയനായിട്ട് കുരുമലയക്കുള്ളൂ ആ ജോസഫിനോട് റബിമുല്ലാ പറയുന്നു കൊൽത്തൂലിന്യൂ മിസ്സി റബിയല്ലാട് ഞാൻ ചോദിച്ചി മൻ ഞാൻ അടക്കാ കൂടേണ്ട ഞങ്ങളെ തക്കാലം ഊപ്പർ പറഞ്ഞു മല്ലാ തൊഹുൻ ജാലമുല്ലാഹു മൻ ഒരാളാണ് മറച്ചു വെക്കൂലെ ഷൈഹൻ ഒന്നിനി നീ എല്ലാം പരസ്യമെറ്റ് പറയേം കഴിയും ജലമുല്ലാ നിന്റെ വടക്കിനെ അള്ളാഹുത്താൽ അറിയുന്ന എന്ത് കാര്യം ഉണ്ടാവും എല്ലാം ഒന്നോട് പറയാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ചെറുതാൻ പറ്റിയ ഒരു നാസിഹാരി മാത്രമേ കൂടാൻ പാടുള്ളൂ നീ സോഫിയ ആൾക്കാർക്ക് നല്ല ലോൺ പോയി കൂടിക്കോ ഏത് സോഫി മുത്തല്ല ശരിയായ സൂഫി എന്തോന്നറിയോ ഫൈനലിൽ കബീ ഒരു മോശക്കാരനാണോ കൂടി നോക്കുക കബീണ് ഇദ്ദേഹം ഓരോടത്തൽ ഗുരുഹമിരൽ മാറി പല ഉതിരും പറയാനുണ്ടാവും മോശക്കാരൻ്റെ മോശാക്കീലി ആൾ ആളെ ഭക്ഷണം ഒന്നും ആക്കൂല പല ഉതിരും കണ്ടെത്തി ലെവലൈക്കൂ ഇനി വലിയിൽ മൊഹസിനി ഒരു മൊഹസിൻ ആയതുകൾ ഇതിൽ ഹസനീന്നുള്ളത് ആ ഹസനോ കബീറോ എന്റെ ഓരോടത്തിൽ കബീറോ ഹമ്മിൻ വലിയ ഹ്മൊന്നുണ്ടാവൂല കാരണോ ഒരാള് നല്ല ആയിട്ട് വന്നത് നല്ല കിരി വന്നാൽ അല്ലാണ്ട് കൊതിക്കുകയും ചെയ്യൂല ആ നല്ല നല്ല കൂട്ടുന്നല്ല അന്നോ മലയാളിക്കല്ലേ മുഖസ്തു വളർത്തിട്ടും വല്ലാണ്ട് കാറ്റടിച്ച് കേട്ടിട്ടു വന്നില്ല രുചിബിലാക്കുകയും ചെയ്യൂല മോശക്കാനിച്ചു വല്ലാണ്ട് കാറടിച്ചിട്ട് തരംതാക്കുകയും ചെയ്യില്ല ഏഹ് അങ്ങനാക്കിയത് വന്നാ ഇങ്ങനാക്കിയത് വന്നാവും കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നല്ല ആളെന്നാണ് നല്ലോട്ട് നമ്മൾക്ക് ഓടനിക്കിരിക്കുന്നുണ്ട് ഏഹ് അന്നന്ന ആൾക്കാക്കി മറ്റോനോ മോനോ സൗ ഉച്ചറങ്ങോട്ട് പോണോ അങ്ങനെ അന്നോ ഇങ്ങോട്ട് അന്നാ ഇങ്ങനാക്കിനി അപ്പോ ഓൻ അമ്മ പിടിച്ചിട്ട് പൊന്നിക്കാതെ ഇവിടെ തിരിച്ചു പിടിച്ചാക്കാനൊന്നും ണ്ട് അതെന്താ ഇഷാറത്ത് ഈ പറഞ്ഞ എന്താണ് ഇഷാറത്തിൽ വാറൊക്കെ സ്വലപത്ത് കെട്ടിയാൽ അമല കൊണ്ടുള്ള രുചിപ്പ് കാട്ടാനുണ്ടല്ലോ അതിനാണ് അടക്കൂല വളരെ പൊന്തിക്കാൻ കൂലിത്ര കത്തും എത്ര ഉണ്ട് അപ്പോഴിബ് അടക്കം കൊടുക്കില്ല അമലോണ്ട് എന്ന് പറയുന്നു അള്ളാഹുത്താൽ അവർ മകനെ കൊണ്ട് ഹൈർ ഉദ്ദേശിച്ചാൽ എന്താക്കുന്ന ആൾക്കാരല്ല സോഫിയ സൂഫിയാക്കടക്കൊള്ളക്കൊണ്ട് പോയിട്ടു ഹൈറുദ്ദേശിച്ചിട്ട് ഖുറാൽ ഖുറായിന്റെ സ്വഹബത്തിനത്തോട്ട് അള്ളാഹുത്താലുരക്ഷിക്കുക ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് ഖുറാഗാരാന്ന് ഇരുപത്തിരണ്ടാമത്തെ പേജിൽ വരുന്നുണ്ട് ഏതാണെന്നുള്ള ഖുറാവ് എന്താ ി പല അയക്കുമ്പോൾ അത്രത്തൊമ്പതായ ഒരു തല്ലി സീപത്തിൽ കുറവായി മുതയിൻ ഇപ്പഴത്തെ സംഘടന പാർട്ടിക്കാരാദിനി എന്താണ് ദൈവത്തിൽ കണ്ട പ്രധാനം പറയാ നമ്മൾ ചെയ്ത പണി മാത്രം തസ്കീയത്തിന് നമ്മൾ ചെയ്തതെല്ലാം നല്ലതെന്ന് പറയാ വേറൊരാള് ചെയ്തെന്തോ അതെല്ലാം വലിയ കുറ്റമായിട്ട് കാണുക സ്വന്തം ചെയ്ത കുറ്റങ്ങളൊക്കെ കാണുകയില്ല അപ്പോ ഓറപ്പിറ്റോ നിയതിയോ ന്യായങ്ങളോ എന്തെങ്കിലും പറഞ്ഞുകൊടുത്താലോ അതൊന്നും സ്വീകാര്യം പിടിച്ചിട്ടുണ്ടാക്കുന്ന കുറ്റത്തിലേക്കെല്ലാം തെളിവിനെയും ആ സിബത്തിൽ പുറത്തായി ഉദാഹിനീയൻ ഓർപ്പ് തൊണ്ണെ കാത്തുരക്ഷിക്കും എന്ന പൈരുദ്ദേശിക്കാതെ നമ്മൾ സംഘടനയിൽ ആരും കൂടുതണ്ടിപ്പോൾ വന്നു ഇപ്പോഴത്തെ സംഘടന ഇത് നടക്കുന്ന ആവില്ലാന്നോ ലോകം വെച്ചത് തൊണ്ട വന്ന യുപത്തില്ലാണ്ട് പൊരിച്ചോ അവരവളെ സ്വന്തം പൊരിച്ചുകൊടുത്തു ഇനി പാറാട് ഇന്ന കാലത്തിലാണ് ഞാൻ ഇന്നതിലാണ് ഈ നീതിന്യായ ന്യായീകരണം പറഞ്ഞ പോലെ അതിനൊന്നും സ്വീകരിക്കില്ല അപ്പനോടീലല്ല അങ്ങനെയല്ല കുറ്രായ സ്വരംഭത്തിന് അന്ന കാക്കൂന്നാണ് പറഞ്ഞത് അന്ന കൈരുദ്ദേശിച്ചു എന്നാ ഇരുപത്തിരണ്ടാമത്തെ പരിചയ അത്താനിയത്തോട് ഒഴിക്കുമെന്നാണ് പറഞ്ഞത് ഇതാ ലൈദീന്ന് പറയുന്നു സുഹൃത്തുക്കളുടെ കൂട്ടത്തിലേറ്റവും ചെറുതായ ആളാരാന്നറിഞ്ഞോ കയ്യിലൽ മുതാറാത്തി ഓരോ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി എന്താക്കണം ഓറെ എന്തെല്ലോ കൈകാര്യം ചെയ്യണം തൊട്ടിലോ കല്ലും കൂട്ടും അപ്പോൾ ഓരങ്ങ് ദശമിട്ട് ആക്കണമെങ്കിൽ എപ്പോഴും മറ്റുള്ളവർ പാടുപെടണം അതങ്ങട്ട് കൂട്ടുകൊരു സർവന്നാ പറയും വാൽജ കയ്യിലിട്ട് എന്ത് എന്തിനുരോധിപ്പിക്കുക അങ്ങനെ പോയിട്ട് അതിനെങ്ങനെ പോയിട്ട് ദശമിക്കണേ ചോ വിൽക്കണേ വിൽക്കണേനും അങ്ങനെ നേരെയുള്ളൂ എന്നുള്ളൂ എന്താ അനവരൊക്കെ കൂടിയ അവതരണം വകാലായിരുന്നു ഷരുളസ്ഥിക്കായും മാറ്റത്തു പോകുന്ന അത് അതേ അർത്ഥം തന്നെ നീ ഓടിക്കുവേണ്ടി വരും കഷ്ടപ്പെടാൻ പാടുപെടേണ്ടി വരും പുതിയ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ പാടുപെടേണ്ടി വരും അങ്ങനത്തെ ബോ മിനി പുല്ലാത്തറാത്തീനാ പറഞ്ഞത് വഹിബോ ഇസ്വാളികളെ കൂട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പുല്ലം അവാത്തിൻ എല്ലാം എത്തിച്ചാലും വളരെ രസ് ജീവിച്ചിരിക്കില്ല നർസരിച്ചല്ലേ ഈ എപ്പോൾ എന്ന് പറഞ്ഞ സുഹൃത്തു ബന്ധത്തിന്റെ മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരി പൂർത്തിയാക്കി പാലിക്കുന്നുണ്ട് ഇങ്ങനെ കൊണ്ടു കളീല തറക്കി അന്നെ തറാത്തി എന്റെ പൊക്കുന്നുണ്ടാകുന്ന കുറ്റം കുറവെല്ലാം ഒരു കണ്ണ് ചിമ്പി കളിയുന്നുണ്ട് അതിനെ പിടിച്ചിട്ട് അങ്ങനാക്കി ഇങ്ങനെ ആക്കിന്ന് ഉണ്ടാക്കൊണ്ട് പോരും അങ്ങനത്തെ ആളെയാണെന്ന് എനിക്കല്ല ഇഷ്ടവും അല്ല ഒഫീയൻ ആ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം അയാൾ എന്നെക്കാൾ ചോദിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തും എന്റെശേഷവും എന്റെ ഹോമത്തിൽ ഞാൻ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് അങ്ങത്തെ ആളായിരിക്കണം ഞാൻ കൂട്ടുകൂടുന്നത് പക്ഷേ പല്ലി ബിഹാദ ഇങ്ങത്തൊരാളെവിടെ ആര് കൊണ്ട് തെരീത്തിലാണ് ുഹു അങ്ങനത്തൊരാൾ കണ്ടു കിട്ടിക്ക് തിരക്കല്ല ലൈറ്റരിട്ടാ പറഞ്ഞു ലൈറ്റിയ തമന്യെന്നാ കിട്ടാത്ത സാധനം കുതിക്കില്ല ഇങ്ങനെയുള്ള ചെറുത്തൊരാളെ എനിക്ക് ആര് കൊണ്ട് തരും ലൈത്തനി കതുവചസ്തു അങ്ങനെയാണ് കിട്ടിയാൽക്കുള്ള എന്നാലോഹു എനിക്ക് അസങ്ങത്തായ കാര്യം എന്തിനുണ്ടോ അതെല്ലാം ഞാൻ പൊതുജ്യം കൊടുത്തേക്കാം എങ്ങനെ കിട്ടുമെങ്കിൽ സ്വത്ത് നിന്നാക്കാൻ എനിക്കെന്തെല്ലാം അച്ഛനാത്തൊണ്ട് മുഴുവനിലേക്ക് തോതി എഴുത്ത് ഒരു വെച്ച് കൊടുക്ക അങ്ങനത്തെ സുഹൃത്തിനെ കൊണ്ടാണ് നല്ല മാട്ടല്ലേ നുസാർ ഇസ്ലാമിനുള്ള വഹിയറിയിച്ച് ഇമ്രാന്റെ മോനെ കുഞ്ഞ് എപ്പം ബോധവാനാകാം അപ്പുറത്ത് പറ്റൂല വറുത്തത് നീ നഫ്സിക്കുവാന വറുത്തത് ഇറുത്താതെ നഫ്സിക്ക നിന്റെ നഫ്സിന് വേണ്ടി നീന്താക്ക നല്ല സുഹൃത്തുക്കള നീ തേടിപ്പിച്ചോളാം എന്റെ സന്തോഷകരമായ കാര്യങ്ങൾക്ക് നിന്നോട് സഹകരിക്കാത്ത ഏത് അസുഖം അതിന് നിന്റെ കൽബ് തറുപ്പിച്ചും എന്നത്തുലപ്പെടുത്തി കളിയുന്നു അബു അബ്ദുബാദ് ഈ പറഞ്ഞിടത്തോളം കാര്യത്തിൽ മനസ്സിലാകുന്നുണ്ടി എൽ സാഹിബ് സൂഫിയത്തിനുള്ള സ്വഹബത്താണ് ഹിയ അത് തന്നെയാണ് അല്ല കമാൽ നിഫാൽ സാഹിബി കൂട്ടുകാരന് പൂർണമായി കരസ്ഥമാക്കൽ ഓരോ കൂട്ടിനെയും ശരിയാവുള്ളൂന്ന് തോന്നുന്നു ഏതാ സൂഫി നമ്മൾ ശരിയായ സൂഫിയാണെന്ന് ഉദ്ദേശിക്കുന്നേ എന്നാ ഇപ്പാടെ സൂപ്പി ഉണ്ട് പോലെ സൂഫി ബദിനുണ്ട് പോലെ വരില്ല അതാ ദൂനമന്നതാകും അവരല്ലാത്തവരെ കൂടാതെ ും ചേർക്കപ്പെട്ടതാകുണ്ട് ഒപ്പൊന്നും കഴിയില്ല ഇങ്ങനെ താഴെ കാരണം പ്രത്യേകമാക്കപ്പെട്ടിഫിന്റെയും ഹക്കായിക്കിൽ നിന്ന് അവർ പ്രത്യേകമാക്കപ്പെട്ടു ഓരോസിയാത്ത കൊണ്ട് إنك تخصوصيات الام يساهلهم آآ صوفيات الورد فنغارق الائد الله فيها إخصوصيات الاحد البرعالم قرأت الله أنه ليو اللحظة برتكة الناور كل وصريان ذلك آآد نعرمال نعرمال نعرمال موالالي إلا الصاحب من المصحوبين ما صحوب باعي صوفيين لن آآ حقائق الدكتر راغ اللي كان لديه خصو من حقائق التوعيد بالمعرفة بخصائصان ബാറാക്ക നൽകപ്പെട്ടിട്ടില്ലാത്ത കുറെ ഹൊസിയാർട്ട് കൊണ്ട് ഇവർക്ക് പ്രത്യേകത കിട്ടിയിട്ടുണ്ട് അത് മസുഹവുമായ സൂഫിയിൽ നിന്ന് സായിബായ ചങ്ങായിലേക്ക് വിട്ടുകടക്കറി വൽമത്തുലോ അലാണ് നമുക്ക് കുതിക്കപ്പെടേണ്ടത് മന്ത്ഹക്കിഹാലോഹം ഒരു ഹാലത്ത് കൊണ്ട് ഒരാൾ മുത്തഹക്കിക്കായി ശരിയായ സാക്ഷാത്കാരം കൊണ്ടായി എന്നാലും ഹാ ആ സാക്ഷാത്കാരമുണ്ടായ ആ വ്യക്തിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അടുക്കൽ ഹാർകുന്ന ഒരാളും ഒഴിവാകൂലി അയ്യാത്ത കിട്ടിയ ആലത്തിന് തൊട്ടു ഞാനിപ്പോ ഒരു ആഴത്തോട് മുത്തലാക്കിക്കായി എന്നാൽ എന്റെ കൂടെ ആന്തരാജാക്കി ഈ ആലത്തിൽ നിന്ന് രംശം കിട്ടാണ്ട് കയ്യൂല മാത്രമല്ല സുഹൃത്തു നടത്തോപ്പാ സുഹൃദോട് ഞാൻ മുത്തരാക്കുകയാണെങ്കിൽ എന്റെ ആദരാജ് നാക്കലെ സുഹൃത്തേക്ക് രംസം കിട്ടാണ്ട് പോകൂലാത്തി ദുക്കാനൊടുക്കാൻ കൂടി പോയായിരുന്നാലും അഞ്ചിതായിരുന്ന നല്ല മണ്ണടിക്കാണ്ട് പറയാൻ പോകുന്നത് നല്ലോണം കൂട്ടുകൂടി സ്നേഹിച്ചിട്ട് മഹാനസയോട് കൂടി സ്വർഗത്തെ എന്തായിരിക്കും ആസ്ഥ ഇത് വെറും ഒരു ചൊറും പങ്കെടുത്ത വിധേയല്ല ഈ പറഞ്ഞ പോലീസാ ഇത്തരത്തിലുള്ള ആളുകളോട് കൂടിക്കൂടി ആ സൊഹബത്ത് കൊണ്ട് സ്വഹബത്തല്ലാത്തത് കൊണ്ട് മറ്റുള്ളത് പറയാനാണ് ഈ സ്വഹബത്തുകൊണ്ട് കിട്ടും എന്ത് കിട്ടും മസീദ് കിട്ടും മാ ഒന്ന് കിട്ടും ആസിലകും അവർക്ക് കിട്ടൂല സ്വഹബത്തല്ലാത്തതുകൊണ്ട് കിട്ടൂല ആ സ്വഹബത്തല്ലാത്തതെന്ത് മീൻ ഫുനൂനിൽ മുജാദാത്തി വിവിധങ്ങളായ മുജാദാത്തിനാലും വന്മാരി മുഖാപതാത്തി വിവിധങ്ങളായ മുഖാപതാത്തി കഷ്ടപ്പാട് സഹിക്കൽ അതിനാലും കിട്ടാത്ത പല കാര്യങ്ങളും എന്തുകൊണ്ട് കിട്ടും സ്വഹമ്പത്ത് കൊണ്ട് കിട്ടും അപ്പം മീൻ ഫുനോൻ എന്തിന്റെ വയാനി വൈലിന്റെ വയാനി ഈ സ്വർഗത്ത് കൊണ്ട് അവരെ ബുദ്ധിന്റെ ബുദ്ധി തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും കിട്ടും ബുദ്ധിക്ക് വന്നാൽ കോലാവൂലും അങ്ങനെ ലോകങ്ങളെ സ്വർണമാക്കി മറിക്കുന്ന പണിക്കാ കീമിയെന്ന് പറയില്ല അതിനെ രസം അതുകൊണ്ട് എന്ത് ചെയ്യാൻ അതുകൊണ്ട് എന്താ ലക്കത് സുമായി ലക്കത് സഹിബുദ് പിന്നെ പറയും അവരുൾപ്പെട്ട ഒരാൾ പോകുന്ന അലശജലത്തിൽ ജാബിസെത്തി ഒണങ്ങിയ മരത്തിന്റെ അതി കൂടി പോകുന്നു റുമാനത്തി അപ്പം ഉണ്ടാവും റുമാൻ ഇങ്ങനെ കായ്ക്കുന്നതിന് അങ്ങനത്തെ ചില ആളെ ഞങ്ങൾ ഒണങ്ങിയ മരത്തിന് മിക്കത്തെ കൂടി പോകുന്നുണ്ടാവും ഞങ്ങൾ ആദ്യം ും അനി പറഞ്ഞു വനങ്ങിയ മരത്തിന്റെ അടുത്തിൽ കൂടി ഒരു കടന്നുപോയിട്ടേളു അപ്പൊ മല്ലിൽ വെക്കും ഇതാണ് ശരിയായ ഇത് കീമിയ ഹമാസായി റിജാൽ അങ്ങത്തെ റിജാലിനോടൊപ്പം സ്വരംഗം ചോട്ടിയ മായസുകൾക്ക് ഇനി കീമിയാന്റെ ആവശ്യം തന്നെ ഒരു കാഫിൽ നിന്ന് മറ്റൊരു കാഫിലേക്ക് ഒരു നാട്ടിൽ കാഫിൽ നിന്ന് മറ്റൊരു കാഫിലേക്ക് ഇല്ല നമ്മളെപ്പോഴോ തൊരാളെ കണ്ടുമുട്ടലിന് വേണ്ടിട്ടില്ലാതെ യാത്ര പോയിക്കില്ല ഇങ്ങനെ യാത്ര പോകുന്നില്ല നമ്മളതിനെ വലിയ ആളെ കണ്ടുമുട്ടാൻ വേണ്ടി മാത്രാന്നല്ലെങ്കിപ്പോ പോകണ്ട എന്താ കാര്യം നാട് തന്നെ ൂ അങ്ങനൊരാളെ കണ്ടുമുട്ടി കഴിഞ്ഞ കാലം യാത്ര പോതി അത് തന്നെയാണ് കിട്ടുന്നത് വക്കാലായോ ഇതാത അനാ ശരിയായ വലിയ ഇറത്ത് വെച്ചാൽ ഉണ്ടാകുന്ന അയാൾ വലിയായി കളിയും കണ്ണൂർ ഞാൻ ഒരു വാർത്ത നോക്കുന്നുണ്ടോ ഇതുകൊണ്ടാണ് വക്കാലായി പറഞ്ഞത് എന്റെയും അങ്ങനത്താണോട് തോന്നിട്ട് െ പറ്റി പറഞ്ഞു അബുൽ ഹസൻ പറഞ്ഞത് അബുൽ നമ്മൾ അബുൽ കാമിനായ റതികൾ നിന്നിട്ട് തണ്ടങ്ക മുത്തം വീത്ത പദവി വരും അപ്പോൾ അത്രയും മതവീരാതയായി ആ ദുദ്ട്ട് കാലത്തിറ ഇന്ന് ഒൻപ വന്ന് കണ്ടങ്ങാനും മുദ്രീക്കുന്നുണ്ടാവും അങ്ങനെ മൂപ്പറ് കണ്ടോണ്ട് പല ഹിംസിൽ വസരവോ ഇല്ലല്ലോ അള്ളാനൊക്കെ ഉള്ള വാസിലായിട്ടില്ല അബുൽ അബ്ബാസുൽ മുർസീൻ ഹിഷൻ ആലി സാഹിബുൽ ഇവിനറ്റില്ല സിക്കൻതരി സിക്കൻ തരി മാമിനെപ്പറ്റി അബ്ദുൽ അബ്ബാസുൽ മുർസീൻ പറഞ്ഞില്ല ഇവർ എന്നോട് എന്നെപ്പറ്റി എന്റെ ചെയ്യുന്നു പോലെ ഞാനിവരെ പറ്റി പറയുന്നു മൂന്നാളൊരേ അങ്ങനെയാണ് അബ്ദുൽ അബ്ബാസുൻ മുർസിന്റെ ശിഷ്യനാണല്ലോ ഇപ്പിനാത്താലേ സിക്കൻഡറി സിക്കിമിന്റെ മുസ്ലിം ലീഗ് ഉറപ്പിച്ച് അബ്ദുൽ അബ്ബാസിൻ മുർസി പറഞ്ഞത് എങ്ങനെയാണ് അവരെ പ്രധാനപ്പെട്ടേ സിക്കൻഡറി എത്ര പാടാണ്ട് നമ്മളെ നമ്മുടെ സിൽസിൽ നോക്കിയാലെ ഖാലിഫിനെ കാണല്ലാതിലും ഗുണിയാണ് നടത്തിട്ട് ഒരിക്കൽ നിന്നിട്ട് മൂത്രം വഹിച്ചിട്ട് കാലമേളിൽ ഒരിക്കുന്ന ചില വ്യക്തികൾ വരും വൈകുന്നേരമാവുമ്പോഴേ കൺവാഹനക്കുള്ള വസൂലിത്വറ്റാ മടങ്ങുന്ന പറഞ്ഞത് സുമ്മാർ അലി ഹദീത്തിൻ ജലീസ് കൂട്ടുകാർ കാര്യത്തിൽ വാർത്താ ഹദീത്തമൂത്ര വഹിച്ചു ഒരു മനുഷ്യന്റെ ഏറ്റവും അപ്പുളലി ഒറ്റക്കിരിക്കല കൂട്ടുകാറേ വേണ്ട ഒലായക്കുഞ്ചലി ഇന്തവോ ജലീസു ഇൻ സുഹായ ജനീസ് ഉണ്ടാകാൻ പാടില്ല ഇനി ഒരു ശിഖുവാക്കിണ്ട് നല്ല ജിനീസ് ഉണ്ടായാലോ ഇവിടെ പറഞ്ഞെന്തോന്നാണ് ജലീസു ഇല്ലാതെ കൊണ്ട് നല്ല ജലീസ് ഉണ്ടാകുന്ന ഒരു ഇനം പറയാൻ ബാക്കിയില്ലോ ഒന്ന് നല്ല കൂട്ടുകാരനുണ്ടാകുക ചീത്ത കൂട്ടുകാരൻ ഉണ്ടാകുക ആരുല്ലാതിരിക്കുക മൂന്നിൽക്കാതിരില്ലാകേണ്ടത് മൂന്നിൽ രണ്ടൺ ഏത് വക്കിയിട്ട് ഒന്ന് വാക്കിയിട്ട് അതാണൊന്നാശ് സാന്നിഹായ കൂട്ടുകാരൻ ഉണ്ടാവൽ വധത്തിനകം ഹൈറാം വൺ വഹദത്ത് ഹൈറം ഇൻ ജലീസ് സു സൂ ആയ ജലീസിനാക്കാണ് വഹദത്താണ് ഹൈറു അപ്പൊ എഴുതിയിട്ടില്ല ജലീസുണ്ടാകുന്ന വിവരം മൂന്നിനത്തില് രണ്ടെണ്ണം നല്ലത് ഒരിലം മോശം ജലീസുണ്ടാവൽ മറ്റു മോശം പിന്നെ വഹദത്തും ജലീസുൽ സാദിഹും ഉണ്ടാവലാണ് ജലീസു സാലിഹുണ്ടാവലാണ് എന്തിനാ കാണാൻ ഹൈദർ വഹത്തിനാക്കാണ ഹൈദർ പക്ഷെ അത് ചുരുങ്ങിയോണ്ട് അഫുതലിന്മാർ ഈ ജുലൂസും വഴതാന്ന് അത് അഫുതലാക്കി അപ്പൊ എല്ലാം ദീപം ഒന്നും കിട്ടുന്നില്ല വാസന കുഴപ്പമില്ലല്ലോ ആ എനിക്ക് നല്ല ഉദാഹരണം ഉണ്ട് ഒട്ടും മറ്റോർക്ക് പോയി നിങ്ങളെ പേര് ഏതീസിൽ വന്നു പോയി ാണ് ഇല്ല തീ പൊരിയൊന്നും തെറിച്ചിട്ടില്ലെങ്കിലും അതിന് ദുർവാസനടിച്ചോടുത്തി നീ ഏതെങ്കിലും ഒരു കോവിഡ് ചെന്നുപെട്ട് കഴിഞ്ഞാൽ അതിലേറ്റവും ഹൈറായ ആളാനാണോ അവരുടെ കൂടാനും കൂടേണ്ടത് ചീത്ത ആളുകളെ പാടില്ല അങ്ങനെയാ സർദ നീ എന്താക്കും ഹലാക്കിലായി പോർ റതി ആ താണവനോടൊപ്പം കൂടി റതി ആ താഴെ ഒപ്പം കൂടിയിട്ട് നീ ഹലാക്കിലായി പോകും എന്നാണ് അനിൽ ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഓനെ പറ്റിയോചിക്കണ്ടോ ആരെ കൂട്ടത്തിലാ കൂടുന്നു അവളെപ്പറ്റി അന്വേഷണം നടത്തിയാൽ മതിയെന്ന് എന്തുകൊണ്ട് ഏതൊരു കൂട്ടുകാരും മുഖാറന് ഒരു തുറച്ച ബന്ധമുണ്ടാവും സാധാരണ ആരെ കൂട്ടത്തിലാ കൂടാറുള്ളത് അതിന് കൈമാറായിരുന്നു അന്വേഷണം നടത്തുന്നത് ാണ് അദ്ദേഹത്തെ ഹരീഫിനോട് ഒത്തു എവിടെ ഋസിലത്താണ് അവാമിനോടൊപ്പം ായ ഈ ഫീർ കോലം കിട്ടുന്ന ആളുണ്ടല്ലോ ഫക്കീറും നമ്മൾ കണ്ടേ പറഞ്ഞിട്ടുണ്ട് പൈസ ഇല്ലാത്ത ഫക്കീറല്ല ഉദ്ദേശിക്കുന്നത് ഫീരി എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടു നമ്മളെ ഈ സുലൂത്തിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാണ് ഫക്കീർ എന്ന് പറയുന്നത് ആ ജാഹിരീയങ്ങളായ മുതഫക്കിറത്തിന്റെ അതില് കോലം കിട്ടുന്ന അവരോടൊപ്പം ഇരിക്കുന്നതിനെക്കാളും യാതാർ ആയ ഒന്നും മുരീന്ദർക്ക് വേറൊന്നും വരാനില്ല അതോ കുഴപ്പം ഇല്ല എല്ലാം പത്തിലും അതല്ലേ അഴയകാലത്ത് രസകുപ്പിനെട്ട് നിങ്ങാറാക്കിയത് അതും മടിന്റെ മുകളിലും അഭിനയമാണ് കസ്ത്രമേള പരിപാടിയാന്ന് പറഞ്ഞിട്ട് വിമർശിച്ചല്ലോ ആകെ ഈ കാരണം കൊണ്ടാണല്ലോ വളരെയധികം തൂന്നാൻ നല്ല നെല്ലം തൂന്നിട്ടിങ്ങനെ കൂടുതൽ മടുകയും രസമയും പിടിച്ചിരിക്കൂ പിന്നെ പിന്നെ നേരം കളയും സമയം കഴിയുന്ന പരിപാടി وقال سيد زبوق يقول الله انه بيقولو الجليس السوء جليس السوءனு বলறான் 알아는 바빠illaனு বল진ಲ್ಲ அது ஹுமால் லதி ஜமஅ தலாث ഖिसाன் மூது داره ਵਿੱਚ ਜੀਨ ਅਰਾਏ ਜਲੀਸ ਸੂਏ මොਨਿਤ பத்த ஒன்ன እንደங்க பத்த ரெண்டாய் 1 अरिला அன் nafsihi 1 சொந்த النفسੀ ਦਾ நல்ல રીзья அதਿਕெல்லாம் தேஞ்சின இதெல்லாம் படுத்தாலும் எனக்கு படிக்கவும் பாக்கி இல்ல நான் செய்யினதுக்கு ಸರಿಯான அதுလို செய்யினதுக்கு ஏற்றான் ാസ് ജനങ്ങളെല്ലാം വളർന്നാക്കണം ആദരിക്കണം ജനങ്ങളെ മേലെ ഇവർക്കെന്തോ കൊടുക്കാനുള്ള വലിയ അവകാശം എല്ലാളെ അറിഞ്ഞിട്ടുണ്ട് ആളെല്ലാം കണ്ടാൽ അവസരം കൊടുത്തോളണം ബസ്സിടെ സീറ്റ് കൊടുത്തോളണം ഇവരിക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തോളണം അന്നവും ബഹുമാനിക്കാതെ പോകുന്നത് വയറന്നാസ കൊല്ലവും ദൂരവും മറ്റെന്താളല്ലോക്ക് തായം ഇതാണ് എത് സി ഫുൾ ജവാബിറത്തിൽ ആഫിനി മുമ്പ് കൊണ്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പേജില് മൂന്നാമത്തെ ഈ കൂടാൻ പാടാ ജബാബുറത്ത് ഉൽ ഖാഫിലെന്ന് കൂടാൻപാടില്ല ഇരുപത്തിരണ്ടാമത്തെ പേജിന് വേണ്ടി സഹലിബിനി അബ്ദുല്ല അബ്ബിൾ ഈ ഹെദത്ത് പിന്നെ മുദാൻ മുത്ത സമീപത്തിൽ ജാഹിരി ആദ്യ ഇരുപത്തിരണ്ട് മുലായിക്കലാത്ത ഈ മൂന്നു വ്യാഖ്യാനം ഇരുപത്തിരണ്ടാം പേരിൽ പേരിൽ നിന്നും അല്ല രണ്ട് അസ്ഥാനി താൽ താലത്തിൽ നീപത്തിൽ ഇങ്ങനെ കരൂരിപുടതി അതിന് ഒരേ ഇഷ്ടം പോലെ പറയാ ഇതിന് പേരും പറയുള്ളത് അവിടെ നിന്നും തസക്കിയത്തിൽ നർസി സ്വന്തം നർ തസക്കിയാക്കലും ദമ്പിൽ കയറി മറ്റുള്ള ആളുടെ ദമ്പ് ഭയങ്കര വലിപ്പുള്ള ദമ്പം ഓടക്കണക്കത്തെ ദമ്പിലാത ആരുമില്ല وحدي جار الذنب نفسه صمد نفسه ذنبه او سعد الله اللي ترضى انتو فلا يغبطوا عثرتن فلا يقيلون لولني يقيلون عاودي يقيلو عثرتن ورتتني الاه انه قال الطبيب يتو صالح الا نوقولا يغبطون لا يغفر الذنبه ورتتني الاه برتو برتو يجي لها െഹാദി ഇതാണ് സിബത്ത് അപ്പുറം അതിൽ സിബത്താ കണ്ടത് ഇന്ന് നടക്കുന്ന പാർട്ടി പരിപാടി തന്നെ പലതരത്തിലുള്ള ദേവകൾട്ടും നിന്നായിട്ടും നിന്നാളാന്നല്ല ആ ദേവ നിങ്ങൾ നാഗോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലുണ്ടായാൽ മതി നാൻപത് മാസായ ആളാന്ന് നിങ്ങൾക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത്ര സെർഫിഷ്യൽ തൂക്കിയിട്ടുണ്ട് എന്നുണ്ടാവുക രണ്ടോ ഫെബ്രുൽ പല ഏതും കിട്ടാനുള്ള പൂതി പിന്നെ റിയാസ പിന്നെ മുത്തൽപ്പെട്ട പറഞ്ഞു അപ്പൊ സഹിള്ള പറഞ്ഞു അൽ സലാ തൽ നിങ്ങൾ ഒന്ന് അവിടെ നോക്കണ്ടോ നന്ദി ഏതെങ്കിലും ഇപ്പൊ അസുഖത്തിലേക്ക് ഒരുപകാരത്തില്ല അപ്പൊ ഓൺ നിങ്ങളെ ആശ്രമത്തിലേക്ക് വറ്റുള്ളൂ വാഹുലി ദുഞ്ഞാക്കുഞ്ഞാവിൻറെ അഹണ്ട് പല തുറായി ഹസ്സുള്ള പുറത്തി അവിടെ ഉണ്ടോ പിന്നെ ഈ മാക്കണമെന്നില്ല ദുഞ്ഞാവിന്റെ കാലത്ത് പോണെങ്കിൽ പൂർവാസത്തിൽ അകത്തും പോണ മറ്റുള്ള മറ്റുള്ള വസ്തുക്കൾ കൂട്ടുന്നതല്ല വാഹുൽ അപ്പൊ ഇൻസാ നോക്കണം واحل <سؤال> للناس و الناس ينبغي لها فلا تراع فيه إلا سلامكم من شره و سلامة دعاءه يا مدي فتر قلت منه موديل ما هنا கொஞ்சம் dura mai عادت يتي محص قائمان به كلام جامع مفيد النار عربي اورنے شیخ زرقا اپنا کلام کرتے ہیں ان تمام وباللہ توفیق ثم اشار الى الاجتماع و لتيجته اجتماع هذا ما संसारي چیہ അതുകൊണ്ടിട്ടു നേട്ടം മഹമായ കുമ്മൂ ലാതിമല്ല അവ പണ്ടത്തെ ഉദാഹരണത്തിലേക്ക് തന്നെയാണ് മടങ്ങുന്നു ഹക്കീമായ ഒരു വൈദ്യനെ ലാതിമാക്കി ഒരു രോഗി കൂടിയാൽ എന്താ ശിപ കിട്ടൽ സാധാരണ പതിവാണല്ലോ ഇന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഉദ്ദേശത്തിൽ മെഡിക്കൽ കോളേജ് ആക്കിയിട്ടുണ്ടല്ല മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ ആക്കി നമ്മള് ശേഷിനാണ് ഉദാഹരണത്തിന് ി പിന്നെന്താണ് കഥാനി കണ്ണിന് പ്രത്യേകം ജീവിതത്തിന് ഓർത്താൻപിക്കാവണം പിന്നെ മാറസ്താനി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ തന്നെ പറയിൽ പിന്നെ ആള് പച്ചമെന്ന് അറിയുന്ന ആളാകണം പച്ചമെന്ന് പാകം ചെയ്യുന്ന എന്താണ് ഫാർമക്കോപ്പിയൊക്കെ സയ്ദലാനി എന്ന് പറയുന്നത് ഇതെല്ലാ ആളായിരിക്കണം പറഞ്ഞിട്ടില്ല ഉദാഹരിച്ചല്ലോ ആ ഹക്കീമിനാൽ ആദ്യം രോഗിയാണെങ്കിൽ ശിപ്പ പ്രതീക്ഷിക്കാമല്ലോ ി അപ്പം പുൽത്തു മുതല ഷിഫല്ലും ഇല്ല ലാമ മീൻ സ്വഹബത്തല്ലാതെ അല്ലപ്പോഴത്തേക്ക് മ്രാലുകളും വിരലുകളും ഷിഫരാകാൻ വേണ്ടിട്ട് ഒന്നില്ലു ജനാദി തറബിയ അവരുടെ കീഴിൽ ഇങ്ങനെ ദുഃഖലാകുല്ല അവരുടെ മഠിത്തത്തിന്റെ രാജ്യം മാത്രമല്ല പൊട്ടി വളർത്തല്ല ഹലാനത്തി അന്യകുളണം അത് രണ്ടും ശർത്താം صدقكم محمدكم محمدكم محمدكم إلا ينبلاً لأولاك وردت جفرنا ربولاك والله ما قلع مأنفنا إلا بصحبته مأنفلا هذا الحدود الطوام مفليهين العائم إلى الله مفليهين عادة مأنفنا أولاك صحبته ينزال الليه الليه اللام الله نستطيع أن نعرض لكم وقان شيخنا رضي الله وإن كرينه يقول ما لم يسحب الفحول يبقى في الوحبي موحول മുഹൂലായ ആളുകളെ സ്വൽപത്ത് കെട്ടിയിട്ടില്ലെങ്കിൽ അയാൾ എന്താ ബഹുമിരി ചളിപ്പൂട്ടാളാക്കി മാറും മൗഹോൽ വഹിരി ചളി മൌഹൌലാന്നെരിക്കും ചിലപ്പോൾ ഹാലായിട്ടുണ്ടാകില്ല പ്രയോഗം പക്ഷാടാൽ മോഹോൽ എന്ന് കാത്തിനോക്കാൻ വേണ്ടി അതാണ് അപ്പൊ ഈ മുലാസമത്തെന്തിനാണ് വൈനമസ്തരിത്വത്തിൽ മുലാതമത് തവാമുസ്ലഹബത്തിൽ ശ്രദ്ധാക്കപ്പെട്ടെന്തിനാൽ അന്നപിതാലയ്ക്ക് യോളപ്പ് ചിതുപ്പുഹി തലബിത ഈ മരുന്ന് നേടുന്ന വിഷയത്തിൽ കൊണ്ട് ചിരുക്കാൻ തന്നെ വെളിപ്പെടുത്തി അത് അതുവരെ എന്ത് പറയും ആളെ കിട്ടയറ്റാണ് ആളെ കിട്ടയറ്റാന്ന് കിട്ടയറ്റാന്ന് ഓരോന്നെല്ലാം പറയും ഒന്നിച്ചെൻ്റെ കിട്ടിക്കഴിഞ്ഞിട്ടോ മരുന്ന് ഒന്നും കഴിയുമോ നോക്കി ചെയ്യാൽ അവരെ തിരുക്കട്ടെ തോന്നുന്നു ഞാൻ അവർക്കെ വിഷയം പറഞ്ഞാൽ മതി ഹിൻ അവന്റെ ഹാല് വെളിപ്പെടണം അവന്റെ ദായിനെ അകേക്ഷിച്ച് ദിവസം ഷിഫാനെന്ന് വെളിപ്പെടട്ടെ അതിനും ി മാരിപ്പതിൽ ത്തി കാരണം ഇല്ലത്തിന്റെ പതിപ്പെടുത്തിരിഞ്ഞു ഡോക്ടർ അടുത്തുള്ളത് കൊണ്ട് അതിന്റെ സഭവം തിരിഞ്ഞു അല്ലതീ ലായിൽ മുലാതമത് കൊണ്ടല്ലാണത് ചെയ്യാറില്ല ഒറ്റ നോട്ടത്തിൽ വന്ന് കണ്ടപാട് രോഗത്തിന്റെ കാലം തിരിഞ്ഞുകൊണ്ടെന്നില്ല കൊച്ചാടാ നഗച്ചൊച്ചിട്ട് അഡ്മിറ്റാക്കിയിട്ട് കൂടുതൽ ചെക്കപ്പ് എല്ലാം നടത്തിയിട്ട് പറയാനല്ലേ അറിയത് ആ മുലാതമസ്തുമാ മാത്രമല്ല മൂന്നാമത്തെ ഫായിക്കൽ നിന്നുള്ള അനുകമ്പുകൂലി ഇവരും മുട്ടാൻ പറ്റുമല്ലോ അത് നമ്മളാക്കണം അത്ര ഒരു നിമിഷം കണ്ടു പിന്നെ കൊണ്ട് മഹബത്തേനെ കൂലാവും എപ്പോഴും ആദ്യമാക്കുമ്പോൾ അത്തിട്ടുണ്ടാവും അപ്പൊയൊന്നു ഷെയ്ഖിന്റെ ഹിമത്ത് കൊണ്ടും അദ്ദേഹത്തിന് ശൈഹന നീ ശു മുറാക്കമ്പ ചെയ്യണം ഈ അഹ് ആദി അദ്ദേഹത്തിന്റെ അഹ്വാദിനി അങ്ങനെ ഇപ്പൊ ജലാലിലാണുള്ളത് ജമാലിലാണുള്ളത് ഇപ്പൊർക്കത്തിലാണുള്ളത് എല്ലാ ശരിക്കും ഒരാളെ എതിട്ട് കടന്നു ചെല്ലാൻ പോകുന്നു ഏതെങ്കിലും ചെലപ്പോ മൂത്രം ദോശമില്ലാതെ ഈ പോടാന്നു ആ പോടാന്നുള്ള മറ്റേ കോടയായി പോട രണ്ടുണ്ട് പണ്ടൊരു ചേക്ക് ഇവിടെ പോയി വരും ഹോട്ടലില് അപ്പൊ ഭയങ്കര ടേക്സ് യിലൂടെ തിരക്കുള്ള പോലുള്ള വരുള്ളൂ എന്ന് പറഞ്ഞു എന്നാ തിരക്കൊന്ന് കുറഞ്ഞോട്ടണോ എന്ന് പറഞ്ഞിട്ട് മൂക്കൂർ പറഞ്ഞു പിന്നെ അടുത്ത ദിവസം വച്ച ചോറ് ബാക്കി ഹോട്ടൽ എല്ലാരും വച്ചില്ല തിരക്ക് കുറഞ്ഞില്ല മലപ്പുറം ജില്ലയിലെ ആളും ആ തിരക്കൊന്ന് ഇപ്പൊ തന്നെ തുമ്മപുത്രത്തിന് പോലും മുകളിൽ മുകളിൽ കയറ്റി കഴിയുമ്പോ ഞാൻ കുറിച്ചേട്ടിട്ടുണ്ട് അപ്പം അപ്പ എനിക്കിതിലും കൂടി ജീവിച്ചാൽ മതി അതൊന്നും വളർന്നില്ല ചെലവിൽ ഇന്നത് തോട്ടം വാങ്ങിക്കോളോ ഈ ഒരു കാർ വാങ്ങിക്കോളൂ ലോറി വാങ്ങിക്കോളോ ബസ് വാങ്ങിക്കോളോ ഇങ്ങനെ പറയരുത് വലിയ സ്ഥലക്ക് അതാണെങ്കിൽ കൂടെ എല്ലാത്തിന്റെ ഈ തുമ്മാന കച്ചവടം മാത്രം വെച്ചിട്ടുണ്ട് കണ്ണ കണ്ണോണ്ട് കണ്ടാൻ പോവും ാട്ട് പോയിട്ടുണ്ടോ കളി പോയി ആ എനിക്ക് കളിപ്പണ്ടാടാ ഇല്ല പപ്പക്കതെ ടിക്കറ്റല്ല ഓക്കെ ആക്കി യാത്രയെല്ലാം പറഞ്ഞു പോയി മറ്റുള്ള പോന്നെ എന്നാ പോയി പറഞ്ഞു പോയി പോയി പണി കിട്ടിയ മരുകൂമി നാട്ടിനെ ഒട്ടേറെ ഏട്ടം നീക്കല് ഉച്ച ഉച്ചക്ക് പരിപ്പും ചോറ് കൊടുക്കൂ എ സി ഇല്ല ഒന്നാഞ്ചാക്കിയില്ല ആകെപ്പാട പതിനെട്ട് ദിവസം ഒന്നിനു വരും എന്നോട് പറഞ്ഞാണ് ഞാനത് റിലീസാക്കിയിട്ടാണ് ഞാൻ കേസിലാക്കിയിട്ട് എനിക്ക് നാട്ടിലേക്ക് എത്തണം സോണ്ടായിപ്പോസല്ലാ പറഞ്ഞു എന്ത് പറഞ്ഞു അതുകൊണ്ട് അറിയില്ലേ ചില പറച്ചനെട്ടങ്ങനാണ് അതുകൊണ്ട് ശേഖണ്ടാക്കണം ശരിക്കും മാത്രം പറ്റിട്ടില്ല അലയിക്ക ശേഖ നിന്റെ മേരിൽ എന്ത് കാണോ ആ തറൻ ഒരാസ്തിഹിസാൻ ഹി സേഖിന്റെ ഇസ്തേഹിസാൻ കാണത്ത ശേഷം ചിലപ്പോൾ ഇതറക്കാൻ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചെങ്കിലും അതിനനുസരിച്ച് അത്ര എന്താകും ചിലപ്പോൾ കണ്ടേക്കും കിട്ടുമ്പോൾ പറഞ്ഞത് അപ്പൊ പോടാന്നുള്ളതാണ് ശൈഹ് ഇസ്തഹിസാനാകെങ്കിൽ ആ പോടാന്റെ അഥവാ ഇതിനെ കാണലുണ്ടായില്ലേ ഫീരിവാഹു വാരി സഹീഖം ദ റിവൈൽ മാ അല്ലാഹുവിൻ ഇറായുണ്ട് അവനെ തൗഅത്ത് ഉണ്ട് ബിർ റഹ്മ عليك അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിട്ട് പെട്ടക്കൊടുന താകി അതുകൊണ്ട് ഫഖൽ ബിൻ തർകി ആ അങ്ങനെയുള്ള ആ തൗഅത്ത് ഒഴിവാക്കുന്നത് നീന്താനും hadiram അതിനെ താത്ത് സൂചിക്കുന്നതാണ് അൽ ബിദറയണ്ട ഹാ ഖളാ ഫീ ബഅദിൻ മി സഖീ ഫർഗാലിച്ചു ഇസ്തിഹൈൽ ഉണ്ട് വ ഫീ ബഅദിൻ തർഖു ഹാദൽ ബൈ ഈ ബൈത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ുംക്കീം ഈ ഹക്കീമാരാ ഈ കലാമില്ലാദു കാരണം ചെയ്യുന്നതിനെ എതിർത്തെ കുറച്ച് മയ്യാക്കന്മാരുണ്ട് ഇവരെന്തിരിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തിനാ വട്ടം കാപ്പി പിടിക്കാനും പൂള ഓന്നാലും നല്ല മതി എതിർത്തിട്ടുണ്ട് ഓർക്കെതിരേ ഞാൻ പറയുന്ന ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ വേണ്ടെന്നുവെച്ചാൽ ഓരോ സംസാരിച്ച് നിൽക്കണ്ട ഓരോ വയ്ക്കോട്ടെ ഇതോണ്ട് പദ്ദീനും ജമാഅത്തിന്റെ മെല്ലായിക്കൊണ്ടാണ് ദീൻ അഭിനയിക്കപ്പെട്ടുള്ളത് ഏക ഒറ്റയ്ക്കപ്പെട്ടിട്ടില്ല ദീനിന്റെ കാര്യങ്ങളൊന്നും കാണില്ല പിന്നാലെനിക്ക് വിചാരിക്കണം തിരിച്ചു നോക്കണ്ട എന്തുകൊണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ കഷ്ണം പത്തിനും അബിനമാൽ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് അഹമ്മത്താണ് സ്വർക്കത്വം അത് അതാ പോവാണ് അപ്പൊ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞത് ശരിയല്ല ഇപ്പൊ രണ്ടാമത് സുവർണ്ണ കാലഘട്ടം കാലഘട്ടം ഐക്യ ജമാത്തിന്റെ മൂമിനിങ്ങൾക്കെല്ലാം വക്കാല അലൈസ് വകാല അലൈസ് ഒരു ശിബിന്റെ കണക്ക് حتى لك عند جماعتنا في رجال مع تمهيدة جاهلية نغرى حديثا إلى غير ذلك من الحادث المرغيمة في الاجتماع اجتماعي نفترين في كنورية حديثة وقد تقدمت في أول الفصل نبتت صالحة منا فضل نبتت بجرم در وقد حنر بني عرلون في مطنعه مرى كتابا الخلافة في المسألة اجتماعانا بعد ذا اللہ قدرانا بعد ذا للمسألة അത് മുസ്തഹ ബാണെന്ന കോലാണ് രാജി ഹാക്കിയത് കുറെ അതീതുകളെ കൊണ്ട് തൊടി കൊടുത്തുപോലെ കൊറേ സംഭവങ്ങൾ അനുഭവ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ആളൊക്കെ കൂടിയാലോ ഒറ്റപ്പുണ്ടാകുന്ന വിശേഷങ്ങളിൽ നമുക്ക് അനുഭവം തന്നെയാണല്ലോ ഒപ്പ താരി അങ്ങനെ മത്തരായി വട നോയിക്കോളീന്നാണ് പറഞ്ഞത് എവിടെയൊക്കെ കിട്ടുക وهذا امرم تفتوات رند الصوفيه صوفيه نركل متواترا الامر شتي ما فلا يحيتا عليه دليل من ريتو فيك هو نودي لا سوال تريد ثم اشار الى الحكم الثالثي موثه حكم اذا ليماسان ايه دفتر ديكരണ എന്നെ തരിക്കണം എന്നാണ് ഇപ്പ പറയാൻ പോകും അല്ല الحكم الثالثത്തി الحكم लिबास اي ما يصارو الامر लिबास ഉദ്ദേശിക്കുന്നു അല്ലാണ്ട് എന്ത് ബുക്ക് വളർത്തണമോ അല്ലെങ്കിൽ മുക് ടോക്കിന്റെ അടിയിലെ വസ്ത്രാധരിക്കണ്ട് പട്ടാധരിക്കേണ്ട അതിനെപ്പറ്റി എന്റെ ചർച്ച അത് പിന്നെ രണ്ട രാജ്യം സോഫിയത്തിന്റെ പ്രത്യേക വസ്ത്രം ധരിക്കലുണ്ടോ ഇങ്ങനെയോ അതുപോലെ മോ എത്ര ഉച്ചടതുകൾ ഒഴിവാക്കുന്നത് വേണ്ട കിട്ടിയിട്ടാണു ഒഴിവാക്കുന്നു ആ പ്രത്യേക ചർച്ചയാണ് കഥഹം ഫി തെരീ ട് ഹീം അത് അവളെ തെരീച്ച കഥഹല്ല അതിനെപ്പറഞ്ഞ അസലം വല ഫേൽ അസ്ലാലും ഫേലാലും ഫേലാൽ എന്ന് പറഞ്ഞാല് فرنجر التعلم والرشاة لله تليفة دليل ولي عشي بار الماضي لله نعم وربيع أمرا ما أبو حريرة رضي الله تعالى تعالى رسول الله صلى الله عليه وسلم حيث أفران دار الله كل مبتر للعيبالي مع لبسان الله ألا تعمل حل سقط من الحديث كلمات معبر معبر جوئكاً حديثاً نند وقلمات ووائفاً جندوراً نند എന്താണ് അത് പുറത്തുനിന്ന കൊല്ലം മുത്തലിന്റെ അയുബാദി ആലപിച്ചാണ് അതിന് എന്തോ വിട്ടുപോയിട്ടുണ്ട് നമ്മലീലും ആശയത്തിത്താടി അടുത്ത പേജിൽ വരുന്നൊരു തെളി പോയിക്കോളിയിൽ എവിടെയാണ് പോലിബുൽ മുത്തമദി ആലിസെന്ന് പറഞ്ഞാൽ വലിയ ആഡംബരം കുറച്ചാണ് കിട്ടില്ല അൽസാഹലാക്കണമെന്നേ ഉള്ളൂ എന്താ ലോ അവരെ അള്ളാഹുക്കാലി ഇഷ്ടമാണ് അതിന്റെ അതാണ് ലായുബാലി അതാ ഇന്നുഹിബുൽക്കും മുത്തമദ്ദിലുബാലി മാലബിസ എന്താ ധരിച്ചത് പരിഗണന ഇല്ല അതാ ഐ കുല്സാണ് കൊണ്ടെന്നുണ്ടാകോലി പുറത്തേക്ക് ജോളിയും മേലെ ശ്രദ്ധാകർഷിക്കുന്നുണ്ടല്ലോ ಅದನ್ನು ಇಲ್ಲ ಅಂತ ಹಮೂಲಾ ಯಾರು ಅಲ್ಲಾಹ ತಬಿತ್ರುನು. ಅದು ಕಲಾಮನ್ ತಾಮ. ಬಾದಿದ್ ಕಿಲಿಮಾತ್ ಬಿಟ್ಟಿದು. ವಕಾದ್ ಅಮರು ರಜಿಯಲ್ಲಾಹ್ ಯಅತರುಮಿಂ ಕುಂ ಮೈಹಿ ಮಾಜಾ ವಸಲ್ಲಾ ಸಾಬಿಯಾ. ಆ ಸಾಬಿನು ಇಟ್ಟಿದುನು ಮುರ್ಶಿಲಿ ಯನಾದಿ. ಅಂದಿ ಪ್ರದೂನು ಇಲ್ಲ. ವಕಾಲ ಬಾದುಲ್ ಮಸಾಯಿಹ್ ಬರೀನು ಅಲ್ ಫಕೀರ್ ಉಸ್-ಸಾದಿಕ್ ಅಯ್ಯು ಶೈಯಿಲ್ ಲಬಿತ ಯಹ್ಸುನು ಅಲೇಹಿ. ಬಾದುಲ್ ಮಸಾಯಿಹ್ ಬರೀನು ಸಾದಿಕಾ ಔರ್ ಫಕೀರ್ ಎಂದು ದರ್ಚಾಲು. അവർക്ക് ഉത്സവം തന്നെയാണ് വയക്കൂന്നാലിയിൽ മലാഹത്തുകൾ മഹാപത്തും നല്ല ഭംഗിയുണ്ടാകും കാഴ്ചക്ക് നല്ല കഞ്ചംഗം ഉണ്ടാകും മഹാപത്തം പറഞ്ഞാല് അല്ലേ വസ്ത്രം ഹലിക്കും പഴകിയ വസ്ത്രമുണ്ടല്ലോ അയൽ ബാലി ആ ഹബ്ബു ഇരയും ജദീദിനാക്കാൻ ആ ഹബ്ബാണ് അവർക്ക് അത് കൂടുതൽ ഇഷ്ടം അതാകൾ വറക്കാൻ തന്നെ അതിലാണ് കൂടുതൽ വറക്കത്തുള്ളതും വെജിറ്റിനെ പിന്നാപത്തി നവാപത്തി അതിനെ നല്ല വൃത്തിയാക്കാൻ നാപത്താക്കാൻ അധ്വാനിക്കുകയും ചെയ്യും മഹാന്മാര് കണ്ടിട്ട് അതെല്ലാം വരുന്നുണ്ട് പച്ച അപ്പെല്ലാം വരുന്നുണ്ട് പച്ചക്ക് മാത്രം ഇരിക്കും ആ നമ്മടാ പിന്നെ പച്ച മാത്രം പറയല്ല അത് പച്ച വിശല്ലാം വരുന്നുണ്ട് നമുക്ക് നോക്കാം തീരട്ടിപ്പാസ്വന്തം പത്തഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ െ കാണാൻ വന്ന സംഘത്തിൽ ചെറു കത്തര പിടിച്ച കസ്ത്രകണ്ട് പക്കാല സല്ലമാലി വസ്ല്ലാം പറയുന്നു അമാക്കാൻ കഴുകാനുള്ള വെള്ളം കിട്ടണ്ട ഇപ്പൊ ഇനോൺ വക്കാല തങ്ങൾ പറഞ്ഞു ഹാബ് അന്നൽ പക്ക മിനന്ന പത്യസ്ഥ അന്നലെ ശരി ശരി എന്നാ പമാ ബാലൽ ചെറുതാട്ടിരുന്നു ഞാൻ അർത്ഥം എന്താക്കണ്ട് ആ കഥിച്ചിന്ന് അങ്ങനെ അഡ്ജസ് നിക്കിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മ ഇവിടെന്താക്കണത് എവിടെന്ന് ബസ് സ്റ്റാൻഡിൽ എവിടെ പോളോ എന്ത് കൊടുത്തിട്ടാ മാറ്റണ്ടു ഇവിടെ പിറ്റി ഉണർത്തുണ്ട് അപ്പൊ ഇവിടെന്താക്കി അവിടെ ചുറ്റി നോക്കി ആ അല്ല നടക്കുന്ന ചിലക്കിരി ചുറ്റി പോകാതെ ചിലപ്പോ കത്ത് പോകാതെടുക്കുന്നുണ്ടാവും ബ്ലൊക്കാര എന്റെ ان الله نلا ان الله نلا ها ان الله يغض الوثق الله دا وروندو কুটிட்ட ഞാന മർക്കി കൊടുത്തടാ അല്ലാഹു സുബ്ഹാനഹുവ തഅ വസഖി നിഷ്ടാപുളാനോട്ടിള്ള ആ വയതുറഹൂന നബസത വയക്റമതി ബാക്കി വയതുറഹൂന മഷന്നാർ നിർത്തിയിരുന്നു സിയാബ് സിയാബിളിൽ നിന്ന് ഷുഹുറത്താകുന്ന വസ്ത്രങ്ങളൊക്കെ അത് ധരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് പോകുന്നത് ശ്രദ്ധാ വച്ചിട്ടുണ്ട് അവരോട് തക്കാളി കൂട്ടുന്ന തൊപ്പിൻ്റെ ഒരിച്ച് ആ തൊപ്പിങ്ങനെ മടക്കി മടക്കി മടക്കി വെച്ചിട്ടുണ്ട് എത്തി മൂത്ത വേറെ ഏറ്റവും വലിയ മൂന്നര മഴ നടന്ന വലിയ വലിയ തക്കാളി കൊട്ടിങ്ങനെ സംശയം കൊണ്ട് പോയി മൂപ്പിങ്ങനെ ആനന്ദിണ്ട് എന്തിനാല്ലോ മാർ കൊടുത്ത വസ്ത്രങ്ങൾ വറക്കത്തിൽ പോകും ഇന്നാളവെന്ന് പറഞ്ഞിട്ട് അയിന നമുക്കത് കാബന് മാതൃകടുക്കാമെന്ന് ഞാൻ സഹാബത്തിന് വിശ്ലം ആദ്യം വിശേഷക്കാരനും എടുക്കലേഖി ലിബാസിന്റെ ഹക്കാമിൽ പെട്ട് ചിലതുപോലെ സായിബി എല്ലായിരം വസ്ത്രങ്ങളെയും ഇത് ശരകനുവതിച്ച് എല്ലാ വസ്ത്രവും നടത്തണം എല്ലാ വസ്ത്രവും അറിയുമ്പോൾ ശരഹ അനുവദിക്കാത്ത വസ്ത്രമുണ്ടല്ലോ അതല്ല ഉദ്ദേശിക്കുന്നു ശരഹ അനുവദിക്കാത്ത ചെറുത്തോട് കൂടി എന്ത് വസ്തുപ്പുഹാ അതിനൊഴിവാക്കലോ സവാബിലേക്ക് അത്ര രണ്ടിനും ഞായുണ്ട് സൗഹാദിക്കും നിങ്ങളെ സൗഹാദിനെ മറക്കുന്ന ലിപാസ് നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തന്നു എന്ന് പറഞ്ഞ ലിപാസ് ആണ് ആത്മഹത്യ പിന്നീടെ ഉത്തരദാശി ഇന്നത് വേണം ഇന്നത് വേണ്ടൊന്നും പറഞ്ഞിട്ടില്ല മസ്ജിദ് അറിയുമ്പോൾ അവസരത്തിൽ നിങ്ങൾ ദീനത്തിനെടുത്തു എന്നറിയുമ്പോൾ പട്ടും അഹമ്മറുണ്ട് അസ്ഫറുണ്ട് അഹമ്മറുണ്ട് മഹക്ബറുണ്ട് അസുബത്ത് ഉണ്ട് അബിയദ് കുബാർ നല കോട്ട് ജുബ കിസാദ് കമീസ് ഇമാമത്ത് ജിദാദ്ധിച്ചിട്ട് അയിൽ കാണിക്കാം സറാവീലും വാങ്ങിയിട്ടുണ്ട് വസ്ത്രീൽ ബൊറുനിസാരും ആര് പറഞ്ഞത് ആരാ പറഞ്ഞു അധികം തിരിച്ചു പഠിക്കായിട്ടില്ലേ വെള്ള എല്ലാം ധരിച്ചിട്ടില്ലാതെ ആദ്യമായി കൊമ്പിരിക്കും അതെല്ലാം പേരുന്നിട്ട് എന്തേലും തിരക്കൂട്ടൊന്നും നീന്തും വളമ്പിത്തൊരു ചട്ടത്തും ഒന്നും വളരെ വേണ്ട ഗുർനസീർ റണിയാന്റെ പറയുന്നു വലം ചരുതൽ ലിബാസ് ഉല്ല അസറക് അജറക്കില്ല നീല നീല വസ്ത്രം വാടിച്ചു കൊണ്ടിട്ടില്ല എന്നോ വലിയ വന്ന കറാഹത്തുണ്ടോ വാടി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കറാഹത്തുണ്ടോ കറാഹത്താണെങ്കിൽ പ്രത്യേകിച്ച് നെയ് വേണ്ടേ അല്ലാണ്ട് കറാഹത്തുമില്ല ففجمير الالوان مباحه اللباس ان الله مباحه فاشواء يفضلها الله وهو لا فاشفجي احلى احلهم ودل لنا ولباس عن الجنابه شيء لا يدرك لنا قول ما يثبت والابيض ابيض افضل افضل هل تذكرون لي قال لي صلى الله عليه وسلم ان من خيار ثيابكم البياض الذي يلبس راه احياكم وقفيوا فيها عبادكم عند وردكم അത് കൊടുത്തു തന്നെ അയാളാണ് കൊളുത്തതാ അതുകൊണ്ട് ഹയ്യാൾ ധരിച്ചു കൊള്ളട്ടെ മരിച്ചാളൊപ്പം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാ വസ്തൂ സോഫിയാക്കുന്ന സോഫിന് ലഭിക്കുന്ന ധരിക്കൽ താമസാക്കിയാൽ കൽപ്പി നിക്കത്തിൽ കൽപ്പുകിട്ടും മോനത്തോട്ട് ചെലവ് ചുരുങ്ങുന്നുണ്ട് എന്ന വയന നോക്കിയിട്ടാണ് അവലാത്തവും നോക്കിയത് മാത്രമല്ല വല്ല앤 സയ്യിദുനാ മൂസ അലൈഹിസ്സലാം യമനാജറ റബ്ബഹു കാന തദിയാബഹു കുല്ലുഹാ സൂഫൻ മൂസ അലൈഹിസ്സലാം ബുന്നും സൂഫൻ തർചതു വഹാദ ലൈസ ലാ സബീലുത്തഹജീർ അതെ മറ്റുള്ളതിനാ തൊട്ട് ബലംഗൽ എന്ന سبيل കൂടിയല്ല ഇതിയറ മാത്രം അതെ മറ്റുള്ളതരികാൻ പാടില്ല ഹറാം ആക്കിയിട്ടോ പാടില്ല എന്നുള്ള തഹജീർ നിലക്കല്ലേ പറയുന്നുണ്ട് بل على سبيل سهود فقط ما تلعى عمرض براندان لزهود ما ترى فرئيه ومخالق تنفسين مقدا بأهل السقصة لنطلاو ادعى من الشفت وفي الهاديه جاند رسول الله صلى الله عليه وسلم قال من ترد لبثة وعى ثوب جمال و هو يقدر عليه جمالا ثوب لا لباك يترد للآيات من المجيات سالك اندى اول رباك تمالعا لله كم اندى اول رباك ناك صاح الله اللت القرامان حديث وقال عليه الصلاه والسلام الا تسمعون ان المدااده من الايمان نิงൾ കേക്കുന്നില്ലേ മദാദത് എന്ന്ള്ളത് ഈമാൻൽപ്പെട്ടതാകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അന്നാ മദാദത് ഇത് മൂന്നോട ആവർത്തിച്ചു കർമ്മഹാര മദാദത് മൂന്നോട ആവർത്തിച്ചു കാലമുൻദരീ ബദാദത് ഈമാൻൽപ്പെട്ടതാകുന്നു മദാദത് ഈമാൻൽപ്പെട്ടതാകുന്നു മൂന്നോട ആവർത്തിച്ചു ونديري <اللنذري> رضي الله عنه بيحكي الامر ينو ملبذاهته ان لفظ بال بفتح الباء محلتي وضعا يدي عضمتي ماذا هذا التواضع باللباس ان رفافه بالهيثي لباسه للتواضع ادغني هيئه ولا كثير تندل خاطر مثل هيت ارى هذا ذا ما قال حين صلى الله عليه وسلم ان الله يبدل متبذلا അല്ല ബി റാഇ പാ ദി മാനവിസ ഇതാണ് മുൻപ് നഷ്ടപ്പെട്ട ഹദീസിന്റെ ബാക്കി ഇനി വഖ്വഉലുഹു മുസന്നിഫ് പറഞ്ഞു വതർഖുഹാ അത്രബൂലിസ്സാവാബി എന്ന് പറഞ്ഞതിനെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അത്ര ഹയാനി തർകതകത്തു മിന്ന ആ വസ്റത്തിൽ നിന്ന തകത്തുന്ന ഇവർക്ക് തീരെ വസ്ത്രമൊഴിവാർതൽ ഇല്ലല്ല തീരാത്തൊയി ബാക്കി പിന്നെ അവർക്ക് ഓർക്കില്ലണ്ടി പോല്ല വതഅന്നഖു ഫീഹ അബിന്നല്ല ബംഗി സിദ്ദീഖു ബിൽക്കുലി പട്ടൊഴിവാക്കൽ അർത്ഥം പെച്ചൂടാൻ സഹദിയ ഹറാമുൻ വസ്ത്രം ഒരിഞ്ഞ ആൾക്കാരെന്താന്ന് അറാമല്ലേ സുമ അല്ലല്ല എന്നിട്ടാ അത് തർക്ക് സവാബിലേക്ക് നല്ലതാന്നല്ലേ പറഞ്ഞു അതിന് കാരണം സത്താലി ബാസി ഹള്ളി സാബു അയ്മസി ഹള്ളി ഓബു വസ്ത്രത്തിൻ ഹലാലാണ് ധരിച്ചത് എന്നാ ഹിസാബിൻ്റെ പുരാ അതിൽ ഹറാമാണെങ്കിൽ ഇക്ലാബുണ്ടാവും അമീരാക്കുവാണെങ്കിൽ പുറമേ ഗ്രൂപ്പർ ചോറ്റം ഉണ്ടായിട്ട് വേണ്ടി വേറൊന്നും നാരങ്ങ നല്ല അച്ചാർ അതിൽ നാരങ്ങ മാത്രം മുറിച്ചിട്ടിട്ട് സുറുകോലാക്കിട്ടുണ്ടല്ലോ വേറെ മസാല ഉപ്പും മാത്രം കിട്ടും ചെറുപയ കിട്ടും അല്ല ഗ്രൂപ്പർ പറഞ്ഞു ഞാൻ അങ്ങത്തൊന്നും വാങ്ങാത്തത് ണ്ടാവും ഹാറാം ആണെങ്കിൽ ഇതാബുണ്ടാവും അധികപ്പറ്റായാലും ഇത്താപുണ്ടാവും അതുകൊണ്ട് എന്തിനും മതി ചോറ് വന്നാലല്ലേ കൂട്ടാൻ ഇറങ്ങോളം വയ്ക്കാൻ മോളിൽ ഇറങ്ങാണ്ട് എടുക്കുമ്പോ അങ്ങനെ കൂട്ടും രണ്ടാമത്തെ കാവി ഞങ്ങൾ എൺപത്തി ആറ് വയസ്സിന്റെ കൊടുത്തു மீமானில் லகுமாரில இத்தக்குது냐 દુന്യാவு திங்கள் சூட்டி கரான் பைல ஹலஹ ஹிஸாபுல் மஹராமாயிதाबின் இன்னது அப்ப ஆ பைத்துல ஒட்டிட்டு இருக்குது இந்த ஹதீஸ் இல்ல லாகின லம்கி சலாம் அந்த குர்ஆன் ஹதீஸ் ஆला உத்திரச்சி நீக்கர்னால தான் சரியே ஒங்கி சனதுரமில்லை பச்சைய ரையர் அன்ஸுஹுத பிதுன்யா முரஹகும் பிஹி பில் இத்திகா பில் இத்திகா இத்திகா நித்தீஃபாதுன்னலல இத்திஃபாதுன்னலல இத்திகான்னலல விஷியமா شخص مرحل من الضرورت المرحل من الضرورت يجب أن يكون لدينا أيضا احسن الذين امر لعب الله عبد المسعود رضي الله وعن عد النبي صلى الله عليه وسلم لا تزول قدم ابن آدم يوم القيامة حتى يصحى ان خمسين أنجر هالجوردك عن بلولة وعن عمره فيما عفناه وعن شبابه فيما عبله وعن ماله من يلتصبه وفيما انفطه ഒമാദ അമി ലീമ അലിമ അഞ്ചുപേരെയല്ല ഒന്ന് ജീവിതകാലം എന്തിൽ നശിപ്പിച്ചു ശബാബ് പ്രത്യേകിച്ചു എന്തിലാണ് തീർത്തത് മാലെവരുന്ന് സമ്പാദിച്ചു എന്തിൽ ചെലവാക്കി ഹിൽ മുഖണ്ഠം തമ്മിൽ ചെയ്തു ഈ അഞ്ച് കാര്യം അപ്പോൾ എന്തുണ്ട് ഹംസനത്തുടി മാലിഹി പിന്നെ വ്യക്തത്വം ഉണ്ടല്ലോ ഹലാലാക്കപ്പെട്ടതിൽ നിസാബ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ഹലാലാക്കപ്പെട്ട ഹിസാബ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഹരൽ എന്തിനാ ഹിസാബ് അപ്പൊ ഈ ഹരല് എവിടെ നിന്ന് ഉണ്ടാക്കി എങ്ങനെ കിട്ടി അത് എന്ത് കാര്യത്തിനു ചെലവാക്കുന്നതാണ് ഈ സാധനത്തിന്റെ രാത്രി അല്ല ഇതാക്കുന്നത് അസുലും ഫസ്തും ഈ ആ വിഷയത്തിൽ ചിലപ്പോൾ ചർച്ചാ വിധേയമാക്കി എന്തുകൊണ്ട് ബിഹന്ന മാൽ നിസാബ് മുബാക്കപ്പെട്ടത് ഹിസാബിന്റെ കാരണമാകാൻ പറ്റൂരല്ലോ അല്ലേജാബു അതിന് മറുപടി ഹാനത്തിനേക്കാൾ കൂടുതൽ ഉള്ളതിന്റെ കസ്തെന്തായിരുന്നു എന്നാണ് ഹിസാബ് ഹലാലാഹോ എന്നുധക്കിന്ന് പിറ്റസമൂലത്തില്ല അജമുള്ള മംഗി പ്രകരമാക്കല്ലല്ല ഫഖറു പ്രകരമാക്കല്ലല്ല അല്ലാഹുന്നേമത്ത് പ്രകരമാക്കല്ല എന്താ ഉദ്ദേശിച്ചത് അതിനെ പറ്റി হিসাব വസൂലി ലയില നൻൽഖിയു ബി ശുക്രിയ ഹലാല തന്ന എന്നാണ് ഒന്ന് ഉണ്ട് അതിൽ ശുക്രൂട്ടിയോ എന്നുള്ള ചോദ്യം വരാനോ ഫൈനഹു മിനൽ നഈമി ല്ലദീ അസ്അലുൻ ദുള്ള നഈമി പറ്റി ചോദിക്കുന്നുണ്ടണ്ടല്ലോ തമ്മല തുസലുന യൗമദിൻ അലിന്നഈ ഇന്നല്ലവദ് അന്നാ ഇഖാബുൽ ഹറാമി ഇഖാബുന്നദ ഫല്ലാഹൻ അതിൻ്റെ കൂടെ പറയിണ്ടതില്ല ാഹ അത് എതിരുവാട്ടിട്ടുണ്ട് അന്നാഹു സു മഹാരഹുത്താലി ഒന്നേ കൈകാര്യം ചെയ്തില്ലേ അതുകൊണ്ടപ്പം ഈ ജുബുലത്തിൽ അർഹമായ ഒറ്റലെത്തിക്കുന്നൊക്കൂല സാഹചര്യം എങ്ങനെയാണ് അവർ പ്രേരിപ്പിക്കുന്നത് അതനുസരിച്ച് നീങ്ങം പിടിക്കണം ഭക്ഷണത്തിനൊക്കെ ആണല്ലോ ചില സാഹചര്യത്തിൽ എന്തുണ്ടാവും നമുക്ക് തോന്നാൻ തിന്നാൻ കിട്ടിയില്ലേ നിയമത്തിനോട് ചൊപ്പം ചെയ്ത് തന്നെ ചെറിയ അവസരത്തിലോ ചോറില്ലാണ്ട് കൂട്ടാൻ്റെ ചോറ് കിട്ടിയിരുന്നത് സാഹചര്യം പലതല്ലേ സാഹചര്യം എങ്ങനെയാണ് അത് പോലെ നീങ്ങണം അപ്പൊ എൽബസൂനമായ തക്കല്ലുക്കില്ലാതെ ഇഷ്ടിയാറില്ലാതെ കണ്ട് ഇന്നതെ ഉദ്യെ ധരിക്കത് വരണ്ടെന്ന് നോക്കണ്ട എന്താ കിട്ടീരുന്നത് മറക്കാനുള്ള ഫറുദ്യും വേണം അമറ ചൂടും തണുപ്പും തണുക്കിയും വേണം ഇതല്ലേ വസ്തു കൊടു ആവശ്യം ഈ പറയപ്പെട്ട കാര്യങ്ങള് നബീ സൊലിന്റെ ദുന്യാവിൽ ഒഴിവാക്കിയത് ദുഞ്ഞാവിൽപ്പെട്ടതല്ല അത് ആവശ്യം തന്നെയാണ് അത്യാവിൽപ്പെട്ടതല്ല തന്നെയാണ് തൊട്ടൂർ ഒഴിഞ്ഞു മാറുന്നതാണ് വൈബാസു നബിൽ ഫതി അധികം വന്നാൽ അവർ ധർമ്മം കൊടുക്കുന്നതാണ് അയാളൊരു വസ്ത്രം അരക്കി അരക്കി വെക്കുമ്പോ വേറെ പകരം കൊടുക്കാൻ പകരം വെക്കാൻ വേണ്ടി ഒരു വസ്ത്രം ഒന്നുമില്ല കൊണ്ടു പറ്റ വസ്ത്രേ ഉള്ളൂ എന്നർത്ഥം ആ ഇതവും ബാധി അയാപ്പുറം എന്താ ഉള്ളത് എബുത്തല്ലേ അദ്ദേഹം അതിനെ പറ്റി ചിന്തിക്കാറുണ്ട് അയാള് ഒരു വസ്ത്രം അരക്കിന്ന് അരക്കി നോക്കുമ്പോഴോ ഒരു പഴകിയ വസ്ത്രം പോലെ അയാൾക്കില്ല ഇതിന് ഈ എത്തബദ്ധരൂപി അതിന് പകരം കൊടുക്കാനും ഈ അരക്കിയ വസ്ത്രം ഉറങ്ങുമ്പോൾ പകരം കൊടുക്കണ്ടേ അതിന് പറ്റുന്നൊന്നുമില്ല എബുത്തതിലുബിഹി എന്ന് പറഞ്ഞാല് അറിഞ്ഞോക്കണമെന്നില്ല എന്താ അമ്മൽ ഹാദിഹിൽ തിരിമാ വഅന്നഹ യതബദ്ദറു ബിഹ ആദിലൻ ഹാ ആദില സിയാ ഊർത തവനിക്ക് മർദൂദി ഇല്ല എന്ന് പറയുന്നത് ആദില തന്നെ ആം തിബിഹിന അത കട്ട മോക്കിയണ്ട് വറജുരിൻ മത്ത റജുല ആറാണെന്നടിയോ ലം യൻസബുല ഹുല മുസ്തർഖദിൻ ഖിദ്റാനി അടുപ്പിന്റെ മേൽ രണ്ട് പാത്ര നാട്ടിയില്ല ഉജോരൻ ദൈ ഹൂട്ടാനില്ല ഹൂട്ടാന നി ചോരി ഇല്ല എന്ന് പറഞ്ഞ മാർദയ രണ്ട് പാത്ര അടുപ്പത്ത് വെക്കാനില്ല അപ്പ അതി കുടിക്കാൻ കൊണ്ടുവന്നിട്ട് ഫലം ഞെക്കു ലൈവ് മാത്തു ഇത് ഏതാ വേണ്ടി ഇതാ വേണ്ടി അതാ വേണ്ടി ചൂടാതെ തണുപ്പ് അങ്ങനെന്നില്ല കിട്ടിയ കുടിക്കല് ചുരുക്കത്തിൽ എന്തായി വളരെ എളിയ ജീവിതത്തിലേക്ക് ഈ ശാർക്ക് മൂന്നും കൂടി ഇരട്ടയായിരുന്ന സാധനം തണുപ്പ് തയ്യാറാക്കി വെച്ചിട്ടില്ല എന്ന് പറയുന്നു ثم أتفقد. ذكر فبائد المركعتي إذن كان لم يجدوني كورتيا وسلم النقوة أذن فبائد أنا أرجعون والقوم مختار المركعات إلا ليوصاف وسوف تاتي هذا عمالها فيها اتراه الكبر ومنعها للبرد ثم الحرب هذا بيثكت وخفة التكريف ثم فيها كل تطمع التابعين فيها واللته النفسي بتدبير الامر والصبر ثم الاقتداء به عمر انا ترعلى بي سها كالخاشعي فحي اذا نقض بالتواضع قولى وركات ترجمت بالله الا يوصافين قويه காரணங்களுக்கு ஓடிட்டல அந்தளோ قويه காரண مصوفه طاعتين تذثير تفيقه كده 아 காரண 달리 بيقولண்டும் مصوفه تذتي என்ன கே ിൽ ഭർതി ചൂറും തണുപ്പും തണുക്കാതി പിന്നെ ഹിബത്ത് വലിയ ചെലവൊന്നും വരൂല തുമ്മിഹാ കിന്ന തമ്മിൽ താമൾ കണ്ടാൽ കൊതിച്ചൂലും വരൂലീപ്പൊ കടം നാക്കാൻ അഴിവ പിന്നെ അത് ഇല്ലത്തുൻ അഫ്സാൻ പിന്നെ അതെല്ലാം പറയാനും ഞാനെല്ലാം പറയട്ടെ വസ്സ്വബ്രു സബ്രണ്ടേ പിന അമർ റസൂലല്ലാഹു അലൈഹി വസല്ലം ബിമ്പറ്റലുണ്ടേ പിന നൽല ഖുശൂർ ഉണ്ടാവ തവാലു ഉണ്ടാവ നൊ ഫസ്റ്റ് കാര്യാണ് നീ പറട്ടെ അൽ മുറക്കഅത്തുന ജംഉ മുറക്കഅത്തി മഹു സ്വബുൽ മുലഫഖും ഇദ്ഖായൻ കസീറ ഫലേ കഷ്തന കൂടിയതി മുലബദത ത കൈലു മുലബദത ത തസവ താനത മിൻ സൂഫിൻ നൗ ശൈറിൽ ജിതി ഇന്ദ കണ്ടോണടക്കില്ല എല്ലാം കരത്തി ദുനിനെ കൂടിയോ വസ്റുണ്ട അത്യന്തം ഹം ുംഹ് ലാസ്റ്റ് പറഞ്ഞു അല്ലേ പക്ഷേ ഇവൻ കണ്ണം വെച്ചിട്ട് ഒരു കത്തി നോക്കാം ഞാൻ അങ്ങത്തെഹീൻ സാലിജയിറാഴ്ച മാറിപ്പം തന്നെ അത് ഞാൻ ധരിക്കട്ടെ എന്നൊരു സാധ്യതയായിട്ട് അഭിനയിക്കുന്നില്ല അപ്പം ധരിക്കലായി കസ്തോറിയിച്ചു അല്ലെങ്കിൽ അവർക്ക് അലാമല്ല ഇത് ധരിക്കാത്ത മറ്റു പൊക്കറാൾ ഉണ്ടല്ലോ ഓരോ മേല് വലിയൊരു മേൽ കോവി മാറും ഞാൻ കണ്ടപ്പോ നീയെന്ന് കണ്ടപ്പോ ധരിച്ചിട്ടില്ല ഞാൻ ധരിച്ചാണെന്ന് പറഞ്ഞ ടൈനം കണ്ടു വലിയ അധികാരമായിട്ട് മാറില്ല അവൻ പറ്റൂല ആ ഉയറാലി മറ്റേ കൈരനേക്കാണോ പോലീസ് ഉണ്ടോ എന്ന് വിചാരിച്ചു കളി നടക്കുന്നു ഇപ്പൊ പഴങ്കളിപ്പൊലേ അന്ന എന്തായി അമ്പ്രേ തലയിച്ച വരിക തലയിച്ച വരിക അത്താനി രണ്ടാമത്തേത് ഏതാണ് എന്താൽ ഹർവുൽ അത് പറയുന്ന മനാസിബാദു ചൂട് നല്ലോണം നടക്കൂറൂത്തുറ അതിന്റെ കുറൂതത്വം തണുപ്പ് അതിന്റെ അജിസാ പരോധിമി തഹദീലുണ്ടാവില്ല അട്ടിക്ക് ചുണ്ടിക്കൂട്ടി വട്ടവിൽ കറുവാറു എന്നാ തണുപ്പ് അതിന്റെ കഥാപത്യൂടിയാകാൻ തണുപ്പും തടുത്തു വട്ടാരി തണുശീലി അത് കരസ്ഥമാക്കാൻ ചെലവ് കുറവാണ് പണം പൈനാമിരം അല്ല തീല എന്നൊന്നും ഏത്താവുക മന്ത്ര അത് മസാബില് കൊണ്ടുപോയി ചാടലാന്നുണ്ടോ അപ്പൊ പിന്നെ ആർക്ക് ചോദിച്ചാലും കൊടുക്കാനും കഴിയും വലിയ തക്ലീഫൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇൻഖാൻ മുന്തിയർ റക്കഹത്തിന് വേണ്ടി വളണ്ടാക്കുന്ന മുന്തിയ റക്കഹത്തുകൾ എടുക്കുന്നത് എന്റെ തുന്നിക്കൂട്ടിൽ നമ്മൾ ഇപ്പോഴത്തെ പവാറക്കുപ്പാക്കിയ മതി ഡ്രൈവർമാർ അടിശീയ കണ്ടുമ്പോൾ നിങ്ങളുടെ കുട്ടി എന്നൊക്കെ പല കാണാൻ ഡിസൈൻ ചെയ്തിട്ട് പുതുക്കി പാറ്റിന്റെ പുറത്തൊക്കെ കാണാം അപ്പൊ തപ്പാപ്പൂണാതി അങ്ങനെ വരുമ്പോൾ അത് തലകത്തി അപ്പൊ ആട്ടീകത്തി എന്തോട്ട് പോയി പോയി സമൃത്വം നീങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് മുന്തി അവസ്ഥ ആയിട്ട് മാറും അപ്പൊ ഈ അവസ്ഥ സ്വാഭാവികമായിട്ട് മാറും കേട്ടാ നാലാമത്തേത് അതിൽ ആഗ്രഹം കൊറയും ആയി കിസുലി സലാബത്തി പിടിച്ചു പറിക്കുന്ന കള്ളന്മാർക്ക് ഇത് കട്ടോട്ട് പോകാൻ ബോധി വരില്ല എവിടെ കൈച്ചാണേല ആരോ എടുക്കാൻ ഇത് അതിന്റെ രാത്തുനോക്കീട്ട് റാത്തല്ല കള്ളം വരുന്നേ അവരൊക്കെ മാറാർക്ക് തോന്നിക്കുമ്പോ എന്താ കട്ടോട്ട് പോകാൻ വേണ്ടി ഒരു കള്ളം വരികയാണെങ്കിൽ വറക്കം അത് പിന്നെ റാത്തു നോക്കിട്ടല്ല അത് വേറെ ചിന്തിക്കണോ പോന്തകല്ലേ അവരൊക്കെ മാറോ പോലീസും ഹുറുമത്തേടാ അത് അവരൊക്കെ മാറോ മറ്റോ ധരിച്ച ഹുറമത്തിന്റെ അന്നമോണ്ടുണ്ട് എന്നുള്ള നില നോക്കിയിട്ടല്ല അദ്ദേഹം അത് ഇപ്പൊ മുടി മുടിയെ റാത്തിലേക്ക് മാത്രം നോക്കിയാൽ ചാർന്നതാണ് പക്ഷെ അത് എവിടുകൾ മുടിയാണെങ്കിലും അജിമലോപിച്ചില്ലേ വലു സുഹാ അപ്പോൾ അങ്ങനെയുള്ള ധരിക്കൽ ബിന്ദിവിടെ ധരിക്കൽ ജാഹിദാണ് കാല ഹിസ്റ്റിയൊക്കെ പറഞ്ഞതാണ് తవియ నయన నర హ ఫైద జజబహల్ ఫకీరు ఇలైహి వక్తబరుహ లంయకుల్ హుల్ మాముద్ అప్పుడు ఇద పరిషం దరిలేంగిందరియో ఫకీర్ అందాకు మను అరికి బుడిచి ఇద తో ఓన పరిషం నడతలేదు ఎనాల్ ఓనికి ఇంచే కొల్ల్రోడు నా కూడలే అదొండ్ అవ్యాకరహ కారణం ఉండొillé అప్పుడు బెల ఖురాన్ నిల్లె బలిచాది లంయకుల్ హుల్ మాముద్ తబస్సలు మిహాబన్ రబ్బుహ ఆలైహి തുച്ചുറച്ചാൽ പേരെ മറക്കിക്കൊടുക്കൂമിൻ്റെ ആക്കലിനു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു അതിന്റെ ഉണ്ടാവുള്ളത് കൊല്ലു കമാഹുവാന്നല്ലോണ്ട് ആ ഇവിടെ കമാവില്ല അവിടെ കൊല്ലുഹുവാന്നെയ്പ കമാഹുവാന്നവർദു കമാഹുവാ മബ് മാബിനറിയ മാരോമൻ അത് നമുക്ക് അനുഭവത്തിൽ കാണുന്നുണ്ട് അങ്ങനെ വലപുസ്തമാനു ലാമി ടുക്കൽ എന്നതുണ്ട് അത് ഇരണ്ണിട്ടുണ്ട് അഞ്ജനി ഇല്ലല്ലേ വൈത്തിര വന്നിട്ടില്ല ലോസാഫിൻ എന്ന് പറഞ്ഞാൽ ഈ പട്ടണങ്ങൾ പേറ്റെടുത്തിട്ടില്ല ബ്ലഡ് പ്രഷർ ഉണ്ടോ അങ്ങനെ അങ്ങനത്തെ വസ്ത്രം ധരിച്ചാളെ കുറച്ച് ആദരിക്കുന്ന ആളെ നിന്നെ ഇങ്ങനത്തെ കുപ്പയിലിട്ട് എടുക്കുമ്പോൾ ഓരോ അന്ന് ആക്രമിക്കാനോ ചെയ്തോ മറ്റുള്ളവർ തയ്യാറാവൂല ഓരോ ബോധവിച്ചിട്ടില്ല ഏഹ് ഇയാൾക്ക് ഒരു കണ്ടക്ടറുണ്ട് ഒരു ക്ലീനർ യാത്രക്കാരനെ പിടിച്ചു തീരി പുറത്തേക്ക് തെളിയിപ്പാ നാട്ടിട്ട് വരണ്ടെ കീർത്തി മാലിട്ടാണ് ഞാൻ നിന്നെ ചെയ്യാത്തത് അപ്പോ ഓല അമ്പലം അളക്കി വെച്ച് മാല ആ യാത്രക്കാരൻ പറയുന്നത് നിങ്ങൾ ഗൃഹത്തിന് മാല ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന കാണും കുറച്ച് വലിയ കുപ്പായിട്ട് നടക്കുന്ന അവസരത്തിൽ മറ്റുള്ള ഞങ്ങൾ കുറച്ച് കാര്യപ്പെട്ട ആളെന്നെങ്കിലും തോന്നുമ്പോ ഇത് ചെയ്യേണ്ടത് വേത്തിബാറൽ അതാ ഇറാം എന്റെ വേത്തിബാറൽ കൂടി എന്താക്കുകൾ കടുക്കും അഹരിൽ അത് ധരിച്ച ആൾ അരിൽ ഹൈറിനോട് ശബാഹത്തുണ്ടല്ല അതെ ചോദിക്കോ ഈ ആപ്പത്ത് കടുക്കാൻ വേണ്ടി അങ്ങനെ പറ്റോ അതാ എനിക്ക് രാഹു ആപ്പത്ത് തെടുക്കാൻ വേണ്ടി പറ്റും ലാബിയിൽ ജലബിന് പറ്റൂലെന്നാണ് എന്തെങ്കിലും ആനുകൂല്യം പിടിച്ചു വെച്ചാൽ ആണെങ്കിൽ പറ്റൂല സാലിഹിന് കൊടുക്കേണ്ട ആനുകൂലം കിട്ടൂന്ന് പോന കിട്ടിപ്പോയാലും അത് പറ്റൂലിനോടിയാണെങ്കിൽ പറ്റും കാരണം ഒന്നും മാത്രീലെ യുഹിന്നിഞ്ചലാ ബീപിഹിന്നാലിക്കാതെ യൂറോഫിന് പല യുദൈനാന്നില്ലേ മിസാൽ മോമിനാത്തിനോട് തങ്ങള് പറഞ്ഞോ എന്താണ് ജലാബീപി തൂക്കിയിടണം മുഖത്തിലും അപ്പാക്കും ഇവർ പ്രത്യേക ദീനിന്റെ ആളുകളാണെന്ന് ഓരോരുത്തരും അടുത്ത് കളിക്കണ്ട ഓരോരോ വെക്കി പോയിക്കോട്ടെന്താക്കും മനസ്സിലാകാനും മറ്റൊരാൾ ശല്യംന്നും വരൂല സാരെല്ലാം മാടി ഇങ്ങനെ കൊച്ചിട്ടും മറങ്ങിയിട്ട് പോകുമ്പോന്നല്ലോ പൂവാലന്മാരൊക്കെ അപ്പൊ അവൾ അദാനത്തെടുക്കാൻ വേണ്ടിട്ട് മൊക്കനാ ദാത്തിരണം എന്ന് പറഞ്ഞത് ആയിരുന്ന ദിവസം കിട്ടിയില്ലേ ദീനാലി മിഞ്ചനാ ബീബി അലേ മിഞ്ചലാ ബീബിന്ന ലാലിക്കാ യോഗത്തിന് അപ്പം മറ്റുള്ള ശല്യം വരൂടാ മഹാരാധിത അത് ഏതിൽ പൊട്ടുല്ലാമ്യ എന്നതിൽ പൊട്ടിയിരിക്കുന്നു ഷാദിഹ് പറഞ്ഞ ഈ അഞ്ചാമത്തെ കാര്യ അത് കില്ലത്തു സാമ്യനാണിൽ പൊട്ടിരിക്കുന്നു അപ്പൊ അതെന്താ രണ്ടു കാര്യം ചെയ്യുന്നു ആറാമത്തേത് മാഫിയാമിൻസിൽ وفي ذلك موتها أفرنا <تصفيق> صندقهم مجدرهم، وفي موتها مجدعوا حياتها، حيات لكم، نسمي الشعران الله قلبها، حياتها، وفي ذلك سيستري <تصفيق> بردهم متكلمة لسالة الأقل، لسالة الأقل، لقلت متكلمات النظرة الله تعالى، نظرة، إن ترد بصلنا فموتوك شرط لا ينال المصال من فيه فضلا നമ്മളോടുള്ള ബസ്സിൽ നിന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ മൂത്ത് ചർത്താണ് നമ്മളോടുള്ള ബസ്സിലൊണ്ട് ഉദ്ദേശിച്ച അള്ളാഹെപ്പറ്റി തയറ്റാ പറയുന്നുണ്ട് തോന്നുന്നു എന്തെങ്കിലും നഫ്സിന്റെ ഹക്കിന് പൊന്നലെ ബാക്കിയുണ്ടെങ്കിൽ വിസാല വിട്ടൂടാതില്ല ഫീല്ലിൻ നെഫ്സൈലൻ നഫ്സുലുണ്ട് അതെല്ലാം ഇസ്കാത്തകത് أدعنا أنه هو شرط في تحقيق مقابل لفظاعة تحقيقات بشدة شرطوان ينهي وفيه أيضا الرسول الخمول خمول آتلاق المتند الذي هو راحت فانما نبارسل من نوالك ورنة من الدولة لأن صاحبه لا يرفع بالتقية للاده ولا قابل أمور العالية തക്കുവാ പ്രവർത്തനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മേത്തനമായ കാര്യങ്ങളെ കൊണ്ടൊന്നും പുറത്ത് പ്രസിദ്ധീല്ല അപ്പൊ കണ്ട പോലാളും വരൂല കാണെങ്കിൽ വായിപ്പായ ആരും കാത്തിക്കാരുണ്ടാവൂല അല്ല മറ്റോർ വെച്ച് മറ്റോർ വന്നിട്ടില്ല ശരിക്ക് എത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് കത്തിക്കൂലേ മറിഞ്ഞുപോയോ എന്നാൽ കാത്തുക്കൂല പോയ ആധ്രാവിഷ്ടോ ഇനി ആന്ധ്രാ മൂപ്പറോട് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാ തുട്ടാന്ന് എങ്കിലോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതും കണ്ണിനെ ീതി അന്വേഷിന് ലായുബുബിഹി ലവസമാനല്ല അഷ്ഠായുത്തിയ സ്ത്രീ ആളുണ്ട് അകബർ കാലിനും പണ്ടും കുടി ഇറങ്ങിയിട്ടുണ്ട് നീതി മുഖിനി രണ്ടും ഒരുക്കാനും ഒരു മേഖല ലായുഹുബു ലഹൂ ലായുഹം ബഹു ലഹുബിഹീൻ അദ്ദേഹത്തിന് വലിയ പരിഗണന നല്ല എന്നാൽ അവർ അസസ്ഥു അല്ല അതിന്റെ മേൽ അവർ സത്യം ചെയ്തു പറഞ്ഞാൽ അമ്മ നടത്തി പറയുന്ന ചെറിയ ആളുണ്ട് നോക്കണ്ടാവായി മുമ്പാർത് സ്ഥലത്തെ പടപ്പുകളോട് മുമാലാത്തിൽ അതായത് ഇന്ന് ധരിച്ച ജനങ്ങളെന്താ പറയാ ഏഹ് തേക്കാനായിട്ട് ചുഴഞ്ഞ വസ്തു ആൾ അറിയൂലേ അതിന് അവർക്ക് വന്നിട്ട് ഒരു ചെറിയ പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ടുള്ള മുഖാതാക്കില്ല അതിലേക്ക് നോക്കിയിട്ടാണതിൽ എല്ലാം സമയത്തിന് കൂട്ടുന്നത് അത് പ്രശ്നം പരിഗണിക്കുന്നില്ല ഫൈനൽ മയത്തക്കാൽ ആയതും ഏറ്റക്കാർ ഉന്നാസിൽ മൊത്തങ്ങളായ മനുഷ്യനീ ജനങ്ങളെല്ലാം ഏറ്റക്കാടായി വെക്കുമ്പോൾ ഓണിക്ക് ചെറിയ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ മയത്തക്കത്തിനത്താക്കും ശെർദ കൂടലി ആദ്യ ഏറ്റക്കാട് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി വൻ കച്ചവട്ടു അതിന് കോട്ടൊന്നും ചെയ്യാൻ പറ്റൂല ഒറ്റക്കഥാകര് മനുഷ്യരുണ്ട് എന്നാൽ ജനങ്ങൾ വന്റെ കാലത്തിൽ ഏറ്റുക്കാതെ പലതും ചെയ്ത ശർവയെ വർദ്ധിപ്പിക്കുള്ളൂ മനസ്സിലാക്കണം വലു കാലിബിഹ അത് അപ്പൊ എന്താക്കും ഈ മുറക്കാറ്റ് ധരിച്ച ആളുകൾക്ക് പടക്കുകൾ കൊണ്ടുള്ള മുബാല ഇല്ലാണ്ടക്കാണ് കാലിബ് കളിസ്ഥോ വൻ മുന്തോ വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കട്ടെ മുന്ത മുന്താ നടക്കട്ടെ അവിടെ നിന്നും നോർത്തയില്ല എന്നാളൊരു നമ്മൾ അവർ ഇതിലെല്ലോ ചെയ്യാൻ ഒരാൾ പള്ളിയിലേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ കുപ്പായിട്ടിറങ്ങി കുപ്പായ നേരെ അടിമറ തോന്നി തുന്നെല്ലാം പോത്തുവാണെന്ന് പറയും നേരെ അടിമസിച്ചിട്ട് ഈശേനുള്ളി നേരെ അപ്പൊ ഒരാൾ പറഞ്ഞു പോലും ഏഹ് അത് നേരെയൊക്കെ പോവാം ആ കുക്കർ പറഞ്ഞു ഞാൻ ഇട്ടത് പള്ളി പോകുമ്പോൾ അന്നെ നല്ല നീ തുടങ്ങി ഇപ്പൊ ഞാൻ തലവരിച്ച് വെക്കേണ്ട അള്ളഹ അള്ളാത്തുള്ള വ്യത്യാസം ഇത് പോത്തായപ്പോൾ നല്ല വ്യത്യാസം ഇല്ല ഇനി അങ്ങനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അന്നാക്കി വേണ്ടത് തിരിച്ചതാകും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിഷ്ടം എല്ലാം അകാലിക്കുന്നതാ മുന്നണെ ഒതു പറഞ്ഞ നല്ല വർക്കതല്ല യോധ്യങ്ങനെ ഫീഡ് ചെയ്തിട്ടൊക്കെ അവരുടെ മനസ്സിനുണ്ടിരി എല്ലാം അതിന്റെ ആവശ്യത്തിന് ഇപ്പം കിട്ടിയെടുക്കണം അതിനുള്ള ഇന്നലെ ആദ്യം അതോന്ന് പറഞ്ഞാൽ മുത്തബക്കഫായ ഇത് പറഞ്ഞുതന്നെ നമുക്ക് നിക്കുമ്പോൾ പോകണോന്ന് വേണ്ട നിക്കാദ്യ അല്ലെങ്കിൽ അത് തിരിയില്ല അവർക്കിപ്പോൾ ഉള്ള ആദ്യോതി വെച്ചിട്ട് ോട് ഷെയ്ഖമാർ പറഞ്ഞ് നിങ്ങൾ മുറക്കാതെ സൂക്ഷിക്കണം എന്നോട് പൈനഹം തൊക്കുറ മോനലിയാ ഈ കാണുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കപ്പെടുന്നുണ്ട് അപ്പോ ജഫ്സിനു കിട്ടിയത് അപ്പൊ യുവാക്കനാ ഷാബ് പറഞ്ഞു അജിലില്ല ഇത് വെച്ചിട്ട് അന്നാന്റെ അജിലോട്ടാണ് ബഹുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു അങ്ങനെയാണോ ആ ആ ഹബദ മൺ തുക്രംഭൂമി അതിരി അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി ആദരിക്കപ്പെടുന്ന ഒരാള് തരക്കിടുന്നില്ല ഇത് മുഖേന അള്ളാഹ്ക്ക് വേണ്ടി ആദരിക്കപ്പെടുന്നു ഐ മാമുരൈനാലും ربنا الله فقال له بارك الله فيك وهذا الصابئ داخل في ذل النفس دي علامه كاريبोटिरكن 8 ما كيلفيامين طول الله ورضا तंगकोंडी طول العمر ಏನೋ ಹೊತ್ತು ಅಲ್ಲೇ ಅಬ ಮಹಮಲ ذاليك على البركه فيه ಅದು ತರ್ಚರೆ ಬರಕತ್ತು ಇದೆ ಅಂತ ಜಮತ ಅಬ ತೋರಲ್ಲ العمر ಒಂದ್ನಾಗುವ ನೇಟ ಎಷ್ಟರ ಕಾಲ ಜೀವಿಸೋದಲ್ಲ ಜೀವಿಸಿ ಎಷ್ಟು ಇnd್ಇndಾಯಿನೋ ಅಲ್ಲಿ ಹೇಳೋಕೋಟೋ തരക്കാർ ജീവിച്ചിങ്ങനെ കാക്ക ജീവിക്കാൻ ജീവിച്ചിട്ടുണ്ടോ കാര്യം ജീവിച്ചോണ്ട് എന്തുണ്ടായി ആ പരാ ആ പഴക്കത്തിന്റെ വളം ഇവർ ചുമത്തപ്പെടേണ്ടുമാലത്ത് ഉള്ള പോകേണ്ട ആയുസ് നീളും എന്ന് പറഞ്ഞാൽ നീണ്ട ആയുസുകാരന് കൊടുക്കുന്ന പണം കൊടുക്കുന്നാണല്ലേ കുറഞ്ഞ ജീവിതം കൊണ്ട് തുമ്പറിയ അഭിമാനം നിറവിയിറങ്ങി എന്നാ നാൽപ്പത്തഞ്ചാഴ്സാണ് ജീവിച്ചത് സാധാരണ ഒരാൾ ജീവിച്ച് ആയിരം കൊള്ളം ജീവിച്ചാൽ കിട്ടാത്ത പല നാൽപ്പത്തഞ്ചുണ്ടാക്കി എടുത്തിട്ട് പോയത് അപ്പൊ എന്താ ഈ സാധാരണക്കാർ ആയിരവും ഓരോ നാൽപ്പത്തഞ്ചും ഏകദേശം കണക്കാം നമ്മളെപ്പോഴത്താണ് ആയിരം പത്തായിരം ഉണ്ടായാലും ആ ഓരോ ദിവസത്തില്ല കാര്യം അഭിനയിസി കയറുപോക്കി സെരീന മുര زمانی للنل العمر للنل قرن زمن گوند رتیکن مانا یدر کو وبری کو غیرو فی سین متوابلا بار راڑ کرے گلم گوند سماادیکارد سنہ حماکار یہ ہتا الا ربی یتنا کمل فرنتم امبوریک لو فی ابری ادرک فی یسیر من الزمان مانا یدخل تحت ضوابر النباره ونا ترنکو النشاء وعبادت الناذین کلوا عبد اللہ تدم یضعف کثیرا മമ്പോരിക്കന്റെ ആയിസിൽ വിറക്കത്ത് ചെയ്യപ്പെട്ടാതി അതിന്റെ ലക്ഷണം എന്താ ആ തല കഫി യസീനം കൊണ്ട് കിട്ടും മാലാ ആയത് ഒരു കഷ്ടതമായുള്ള ഇബാറാണ് അത് പറഞ്ഞറിയിക്കേണ്ടത് ഇബാറത്തിൻറെതായാലും കൂല പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാനല്ലേ അത്ര കണ്ട് പറഞ്ഞു മട്ടാകാതെ കഴിയാത്ത കാര്യങ്ങളോ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ ഇബാറത്ത് കഴിയൂലെങ്കിൽ ഇഷാറുത്ത് കൊണ്ട് പറഞ്ഞാൽ വല്ല തലനിൽപ്പുള്ള ഇഷാറുത്ത് വർത്തേക്ക് എന്ന് പറയുന്നത് ഇഭാഹത്തെത്താഞ്ഞിർത്തം കെത്തുന്നു അത് ഒത്തൂല അപ്പൊ ഇഷാറത്തിനെത്തോട്ടും ഇഭാഹത്തിനെത്തോട്ടും പുറമേയുള്ള കാര്യങ്ങളാ കോളഞ്ഞ് സമയം കൊണ്ട് കിട്ടിപ്പോയി അല്ല വർക്കത്തിന്റെ അർത്ഥം ഇബാദത്തോ അത് ആയിപ്പാണ് ആരിഫും ആലിമും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് അങ്ങോട്ടേപ്പുറവ് പറയും ആലിം ആലിഫും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ ഇത് പറഞ്ഞില്ലേ انم بركاتهم من عارفن هي افضل <سؤال> من الفياع العالم فتتقبلها انوراد عارفن في وقن الاولى الركعات عارف باقاتون عارفين في وقن الاولى 1000 درجات الاولى من عارفون بربهم هم افضلوا من اد فرض والصلت تكملا بصور اللي بروينه علماكنമാരെക്കാ അല്ലാഹനെ കൊണ്ടുള്ള عارفինലരെന്ന് افضلികളാണ് ുംറിൻസാഹിദിൻ ബിൻ ഹിക്കമിൽ മറ്റൊരു സ്ഥലത്ത് കുറഞ്ഞു അമ്പോരിക്ക രാഷ്ട്രാവ് അത് ഇത് തുറക്കത്തില്ല അമല മരട്ട അമലും കുറഞ്ഞതല്ല എങ്ങത്തെ അമലേൻ കൽ ബിൻസാഹിദിൻ സുഹൃത്തുള്ളത് മനുഷ്യന്റെ കൽബിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അമലാണെങ്കിൽ അതൊട്ടും കുറഞ്ഞതായി കാണണ്ട അമര് അളവി കുറഞ്ഞോട്ടെ കൊറന്നതായി കാണാൻ പറ്റൂല അത് വളരെ മിക്കതാനുള്ള അതെ അസുഖം വരാത്തൊരു അമരും വറകിൻ കല് ദുഞ്ഞാവിനം അല്ലാണ്ട് പൂതി വെക്കുന്ന ഒരു മനുഷ്യന്റെ കൽബുണ്ട് ആ കൽബിൽ കൂടി എന്ത് ചെയ്തു ആമരി വന്നു ധാരാളം വന്നു നല്ല ദത്തത്വമല്ല നാല് വല്യ അപ്പൊ ക്വാണ്ടിറ്റി അധികം ഉണ്ടാവും പക്ഷെ ക്വാളിറ്റി കുറവാ വക്കൈന ഇന്ന കാലിക്ക ഇനി അപ്പൊ ഈ മറക്കത്ത് തൂലറിയിപ്പം കഴിവീലായിട്ടും കൊടുത്തത് അല്ലേ അതിന്റെ ഹക്കി കിട്ടുമ്പന്നെ ചുമത്തിയാലും പ്രശ്നവും ഇല്ല എന്നാ പറയുന്നത് ൂ ഹീക്കത്തൻ അത് ഹീക്കാരം കുഴപ്പമില്ല ഹാസി അത് തുന്നപ്പെട്ട വസ്ത്രം ധരിച്ചെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ മതി അവിടെ എന്തോ പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് അല്ലെ വന്യമല്ല അവസാഹത്തല്ല ആ തൊഴിൽ എം ടി അത് ധരിച്ചാൽ തൊഴിൽ എം പ്രേമറിയിക്കും എന്നുള്ളൊരു പ്രത്യേകതയാന്ന് വെച്ചു ഒന്നാമം അതൊരു പറഞ്ഞു ഇത് മതി വഴി അതെന്തോ പ്രസൂസത്തിന്റെ وَالصَّابِرِينَ وَالصَّابِرَاتِ وَالَّذِينَ صَبَرُوا وَعَزْمُ الْأُمُورِ وَمُخَالَفَةِ النَّفْسِ نَفْسٍ مُخَالَفَةُ قَضِيْرُكَلُم صَبْرനേ താണ് ചെയ്യുമാകുന്ന وفي ذلكم من الفضلي الذين എത്ര നാറ്റാണ് മാലാജുഹോളോ എന്ന് പറഞ്ഞറിയിക്കമില്ല قال الله تعالى إنما الصابرون اجرهم بغير حساب عايച്ചാണ് കൊടുക്കാന്നാവർനാണിക സാഹിരിങ്ങൾക്ക് وقالائلن وباصري القادرين ان الله مع الصابرين അതിനകം രണ്ടായിരത്താണ് അഹമ്മദ് ഷരീഫ് സാബിനെ എൻ്റ സാബിനെ അങ്ങനെ ഒന്നിച്ചൊരാ സഹായത്തിൽ പദവി ഏറെ പോലെയാണ് ജസദി തലന്റെ സ്ഥാനം പോലെയാണ് ഇമാമത്ത് സബു എന്നുള്ളത് ഇമാമത്ത് ഇഖ്ദാന്റെ ഇമാമത്ത് നേതൃത്വം കിട്ടരുത് ഇക്താ മറ്റൊരാളെല്ലാം അംഗീകരിക്കുന്നേ അതിന്റെ വാഹനമാണ് സബൂർ ചെയ്തപ്പോഴാണ് അവർക്കെന്താ ദിനം അഹ്മത്താക്കി മാറ്റി അവരെ അമ്പ കൊണ്ട് മറ്റുള്ളവർക്ക് ഇതാക്കും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് പ്രസിദ്ധമായി നടക്കുന്ന ചില കബായോട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന അരി കെട്ടിലും കെട്ടിപ്പറിയ കിട്ടിട്ട് എങ്കിലും സിംഗ് പോവാൻ കഴിയില്ല കണ്ടു തമ്മിലേക്ക് പോകുന്ന യൂരാ ബേങ്കിന്റെ വിറ്റേക്കുമ്പോൾ നടക്കടാവും ഹിയാന്റെ മുഴക്കം ആൾ ബേങ്കിലേക്ക് വന്നു പെരിച്ചുവിടുന്നു അത് അള്ളതാണത് ഒരു കാവരാന്നാ ഇനി വിറ്റുന്നല്ലേ പറഞ്ഞത് അതാ പോലാ സായി അത് ധരിച്ചിട്ട് പോകുന്ന കൈമാറപ്പെടും ബിഹാരിൻ അപ്പോൾ അത് ചെയ്യാൻ ഒരു ദൈര്യൂല്ല ഈ പോരാക്കല്ലേ അതിനാണ് ചില സിംഹക്കോമത്ത് ഒപ്പിയർത്തീട്ട് മണിക്കെട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുന്ന ആളോ ഇങ്ങനെ ഇങ്ങനത്തെ ആക്കുന്നത് അത് നമുക്ക് ഏറെ പോയി വന്ന അല്ലെങ്കിൽ തരി കിട്ട് പെട്ടെന്ന് ഇച്ചിട്ടൊന്നില്ല ടോര് അടുത്ത് ഈശോ വെക്കാതെ ഈശ്ശേരുന്നില്ല നമുക്ക് എന്ത് ചെയ്തതിനോടാ ആടു ചോദ്യം ചെയ്യുന്നത് ആ അപ്പൊ ഭയ്യമത്ത് നിവാമി കമ്പിച്ച പങ്കുറ്റങ്ങളെ തൊട്ടെല്ലാം അത് ഈസ്മത്തിനായി മാറുന്നുണ്ട് എന്നത് നട്ടാ മാത്രമല്ല വസ്തബുറ അലൈഹുർ അലൈഹ എന്ന അൻഹ എന്നാ ഉള്ളത് അന്നും അലയും തമ്മിന് വ്യത്യാസമുണ്ടല്ലോ സബുറിന് ഉണ്ടായിട്ട് സബൂറാക്കലാണത് അസബുറു അലൈഹ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞില്ലേ അൻഹസുറു അലൈഹ പണ്ണുണ്ടായിട്ടുള്ള എന്തിന് അസബുറിന് അലൈഹിയാണ് വേണ്ടാന്ന് ചോദിച്ചിട്ട് എന്താക്കും സബൂറാക്കുന്നു താൽപ്പര്യം വേണ്ടാ തോക്കും അസബു അൽഹിയോ പണത്തിന്റെ അടിയും പറഞ്ഞു വസ്ത്രപുർവ്വ് അര പണമുണ്ട് പക്ഷേ പണം ഉണ്ടാക്കണ വസ്തുപുറവ് വസ്ത്രപുർവ്വല്ല ഇല്ലായ്മ കൊണ്ട് സൗകര്യം ചെയ്യുന്നു ഇവിടെ എന്താ ഉള്ളത് വസ്ത്രപുറം അറിയാന്ന് പറയുമ്പോൾ ഈ കപായൽ ഉണ്ടായിരിക്കും സൗകര്യം ചെയ്യലുണ്ടാവും